ശ്രീമുഖി ആസിനേന്ദ്ര സിദ്ധ സിഗസമാരംഭ്യമ ോരാണ പുത്രേ ഭഗവതോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാജ്ഞ മൂർത്തിഭിന്ദി രമേഹ ഷാ യുഷോർപ്രാപ്തം വിധാനം അശാസ്ത്രാർത്ഥത് വനേ വന വിശേഷം വീണ്ടും വിദ്യുസന്യാസത്തെ കുറിച്ച് പറയുകയാണ് വിഷയം പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതിന്റെ ചർച്ച അവസാനിപ്പിക്കുന്നു മുമ്പെന്താണോ സിദ്ധാന്തി പറഞ്ഞത് വിദുഷ അർത്ഥപ്രാപ്തം വിധാനം പ്രവചനം അർത്ഥസിദ്ധമാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രം വിധിച്ചതുകൊണ്ടല്ല തത്വജ്ഞാനിയായി പരിഗ്രഹമൊന്നുമില്ല ശരീരധാരണത്തിനു വേണ്ടി ഭക്ഷാടനമല്ല വേറെ വഴിയില്ല അതുകൊണ്ടത് ചെയ്യുന്നു അതിന് ശാസ്ത്രത്തിന്റെ സമ്മതി ഉണ്ടെന്നേ ഉള്ളു അല്ലാ ശാസ്ത്രത്തിന്റെ വിധിയനുസരിച്ചല്ല പറഞ്ഞ നിയമവിധിയനുസരിച്ചല്ല ശാസ്ത്രവും അത് ചർച്ച ചെയ്യുന്നുണ്ട് അതിനനുസരിക്കുന്നു വിധി എന്നുള്ളതിനൊക്കെയല്ല അതുകൊണ്ടത് അർത്ഥപ്രാപ്തമാണോ ശാസ്ത്രത്തിന്റെ നിയോഗം അനുസരിച്ചല്ല അതുകൊണ്ടെന്താണത് ആ ശാസ്ത്രാർത്ഥത്തെ അതുകൊണ്ടെന്താണത് ശാസ്ത്രവിധിയല്ല വിധി തത്വജ്ഞാനനുസരിക്കണ്ടെന്ന് പറഞ്ഞു വിധിയും അനുസരിക്കണ്ട മറ്റുള്ളവരിൽ എന്തായാലും അനുസരിക്കണമെന്നോ എന്തായാലും ശാസ്ത്രത്തിൽ ഇതിന് പ്രത്യേകിച്ച് വിധിയില്ല അതുകൊണ്ട് തത്വജ്ഞാനുണ്ടായി ഗൃഹ വനേവാ കൃഷ്ടത്വന്ന വിശേഷം ഗൃഹത്തിൽ അല്ലെങ്കിൽ വനത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗൃഹസ്ഥനാണോ തത്വജ്ഞാനം ഉണ്ടായി വീട്ടിൽ തന്നെ കഴിയുക അല്ലെങ്കിൽ എന്താണോ വീട് വിട്ടുപോവുക പരിഭ്രജനം ഈ രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ലല്ലോ ശാസ്ത്രം വിധിക്കുന്നില്ല ഏതുമാകാം ഇതിൽ പ്രത്യേകതയൊന്നുമില്ല വിശേഷതയൊന്നുമില്ല ശാസ്ത്രം പറഞ്ഞതുകൊണ്ട് ചെയ്യണമെന്നില്ല ശാസ്ത്രം ബാധകമല്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാം പരിഭ്രജനം ആവശ്യമില്ല എന്നാണ് വീണ്ടും പറയുന്നത് മുമ്പോ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത് ഇത് ശാസ്ത്രാർത്ഥമുണ്ടാകും ശാസ്ത്രം അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് നിയമനം ചെയ്യുന്നതിന് തത്വജ്ഞാനി നിയമനം ചെയ്യുന്നതിന് യാതൊന്നുമില്ലാത്തതുകൊണ്ട് തത്വജ്ഞാനി പൂർണ്ണമായും സ്വതന്ത്രനാണ് അതുകൊണ്ട് വീട്ടിലിരിക്കാം ഗൃഹത്തിന് തത്വജ്ഞാനം ഉണ്ടായി ജനം ആവശ്യമില്ല സത്വം അത് ശരിയല്ല അത് ശരിയല്ല എന്തുകൊണ്ട് വിധാന സേവ അർത്ഥപ്രാപ്തത്വ്യത്ര അവസ്ഥാനം സ്യ പറയുന്നു അർത്ഥപ്രാപ്തം എന്ന് പറഞ്ഞ എന്താണ് തത്വജ്ഞാനം കൊണ്ട് ശാസ്ത്രത്തിന്റെ സഹായം കൂടാതെ തന്നെ പ്രാപ്തമാവുന്ന എന്താണ് വിധാനം പരിവ്രജനം വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അത് അർത്ഥപ്രാപ്തം അല്ലെന്ന് മറിച്ച് അത് ശാസ്ത്രാർത്ഥമാണ് ഗൃഹത്തിൽ തുടരണമെങ്കിൽ അവിടെ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ ഗാർഹസ്ഥ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കണം കാരണം ഗാർഹസ്ഥ്യം വിഹിതമാണ് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നതാണ് പരിവ്രചനം വിധിച്ചിരിക്കുന്നതല്ല അതുകൊണ്ട് തത്വജ്ഞാനം പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവിടെ തന്നെ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണോ ഗാർഹസ്യധർമ്മത്തെ ശാസ്ത്രവിധി പ്രകാരം വീണ്ടും സ്വീകരിക്കുന്ന തത്വജ്ഞാനിക്ക് സാധ്യമല്ല അതുകൊണ്ട് തത്വജ്ഞാനിക്ക് സ്വന്തം വീട്ടിൽ ഭാര്യയും മക്കളുമായിട്ടൊന്നും ഇരിക്കാൻ സാധ്യമല്ല പരിപ്രജനം കൂടിയേ തീരൂ എന്തുകൊണ്ട് അതാണ് അർത്ഥപ്രാപ്തമായിരിക്കുന്നത് വിധാന അർത്ഥപ്രാപ്തത്വം വിധാനം മാത്രമാണ് അർത്ഥപ്രാപ്തം എന്ന് പറഞ്ഞാൽ ഗാർഹസ്യം അർത്ഥപ്രാപ്തമല്ല ശാസ്ത്രാർത്ഥമാണ് അതുകൊണ്ട് അന്യത്ര അവസാനും അതുകൊണ്ട് ഗൃഹത്തിൽ ഇരിക്കുക സാധ്യമല്ല ഒരു ഭജനം കൂടിയേ അതുകൊണ്ട് തത്വജ്ഞാനിയായാലും എന്തായാലും പ്രശ്നമുണ്ട് വീട്ടിൽ വിരിക്കാം അല്ലെങ്കിൽ സന്യാസിയമാകാം അത് ശരിയാകത്തില്ല എന്നു ഇനി എന്നാൽ ഇരുന്നോട്ടെ എന്ന് കരുതിയാലോ അന്യത്ര അവസാനി കാമകർമ്മ പ്രയുക്തത്വം ഹ്യമോച്ച അവിടെ ഇരിക്കണമെങ്കിൽ അതിന് കാമവും കർമ്മവും എല്ലാം പ്രേരകമായിരിക്കും സ്വഗ്രഹത്തിൽ സ്വഗ്രഹവിശേഷ പരിഗ്രഹം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് കാമ കർമ്മങ്ങളാൽ പ്രേരിതമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ശാസ്ത്രവും പിരിക്കുന്നുണ്ട് അപ്പം അതിന് കാമകർമ്മങ്ങൾ അനുകൂലമാണ് ശാസ്ത്രം അനുകൂലമാണ് എന്നാൽ മാത്രമേ അത് കഴിയൂ അല്ലെങ്കിൽ ഗ്രഹം ഉപേക്ഷിച്ച് തന്നെ തീർന്നു വിധാനം തന്നെ വേണ്ടിവരും തത് അഭാവം മാത്രം വിധാനം വിധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കാമകർമ്മങ്ങളുടെ അഭാവമാണ് ശാസ്ത്രവിധിയുടെ അഭാവമാണ് അത് ഒരാൾക്ക് പ്രാപ്തമായി കഴിഞ്ഞാൽ വീണ്ടും ശാസ്ത്രവിധിക്കനുസരിച്ച് കാമകർമ്മ പ്രേരിതമായി ഗൃഹത്തിലിരിക്കുന്നു എന്ന് പറയുന്നങ്ങനെ ശരിയാകും അതുകൊണ്ട് പറയുകയാണ് വിദ്വസ് സന്യാസി സംബന്ധിച്ചാൽ ശങ്കരാചാര്യന്റെ അഭിപ്രായമാണ് പരിവ്രജനമാണ് തത്വജ്ഞാനത്തിന് ശേഷം അല്ലാ മറ്റ് ഗൃഹത്തിൽ തുടരാൻ കഴിയില്ല ഇനി മറ്റൊരു പ്രശ്നം വരുന്നു തത്വജ്ഞാനിക ശാസ്ത്രം ബാധകമല്ലാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യഥാകാമിത്വ വിദേശവും അത്യന്തം അപ്രാപ്തം അത്യന്തം മൂഢവിഷയത്വനോ അപകമാ അങ്ങനെയാണെങ്കിൽ യഥാകാമിത്വം വരുമല്ലോ യഥേഷ്ഠാചരണം തത്വജ്ഞാനിയെ നിയന്ത്രിക്കാൻ ആരുമില്ല ഈശ്വരൻ പോലും ഇല്ലെന്നോ വേദത്തിന് സാധ്യമില്ല താനാണെങ്കിലും തത്വജ്ഞാനം കൊണ്ട് സ്വതന്ത്രനായി അപ്പം ഏതെഷ്ടാചരണമാകാം എന്തും ചെയ്യാം അത് ധർമ്മം സദാചാരം ഇതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാം കാരണം നിയന്ത്രിക്കാനും ഇല്ലല്ലോ അപ്പോൾ ഫലത്തിൽ ഒരാളെ പാപിയാക്കി മാറ്റും പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാക്കും എന്നാണെങ്കിലോ പറയുന്നു വിദശോ അത്യന്തം അപ്രാപ്തം പറയുന്നു ആ ഒരു കാര്യം ഒരു വിദ്വാന പ്രാപ്തമേ അല്ല അങ്ങനെ ഒരു കാര്യം ഒരു തത്വജ്ഞാനിയാണെങ്കിലും അത് പ്രാപ്തമല്ല വിധേഷ്ഠാചരണം അതൊരിക്കലും പ്രാപ്തമേ അല്ല പ്രാപ്തമാണെങ്കിലല്ലേ പിന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട് അത്യന്ത മൂഢ വിഷയത്തിനാണ് അത്തരം കാര്യങ്ങൾ അത്യന്ത മൂഢന്മാരെ സംബന്ധിച്ചുള്ളതാണ് എന്നുവെച്ചാൽ വിവേകശൂന്യരായ വ്യക്തികളെ സംബന്ധിച്ചാണ് യഥാഗം യഥേഷ്ഠാചരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ശാസ്ത്രത്തെ ഭയമില്ല ഈശ്വരന് ഭയമില്ല എന്താണോ തന്റെ കാമനകൾ അതിനനുസരിച്ച് ഏത് മാർഗത്തിലും പ്രവർത്തിക്കും അതാരാ വിവേകശൂന്യനാണ് അങ്ങനൊരു വിവേക ശൂന്യന് തത്വജ്ഞാനിയാകാൻ പറ്റും അത് സാധ്യമല്ല അതുകൊണ്ട് മൂഢന്മാർ അവിവേകികൾ പ്രവർത്തിക്കുന്നത് തത്വജ്ഞാനി പ്രവർത്തിക്കുമെന്ന് വന്നു കഴിഞ്ഞാൽ അത് തത്ത്വജ്ഞാനത്തിന്റെ അടയാളമല്ല യഥാശാസ്ത്ര ചോദ്യമി കർമ്മ ആത്മവിധ അപ്രാപ്തം ഒരു ഭാരതയാവഗമ്യത കിമുത അത്യന്ത അവിവേകനിമിത്തം യഥാകാമിത് പറയുന്നു ശാസ്ത്രം വിധിച്ചിരിക്കുന്ന കാര്യം അത് പോലും ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും കർമ്മങ്ങൾ പോലും ശാസ്ത്ര ചോദ്യ തമ്മിതം ശാസ്ത്രങ്ങൾ വിധിച്ചിരിക്കുന്ന കർമ്മം പോലും ആത്മവിധോ അപ്രാപ്തം ഗുരുതര ഗുരുഭാരതയ ആത്മവിധ ഒരു തത്വ ഇങ്ങനെ അടുക്കാൻ കഴിയില്ലെന്നോ ശാസ്ത്രത്തിന് പോലും എടുക്കാം ശാസ്ത്രം വിധിച്ച കർമ്മങ്ങൾക്ക് പോലും തത്വജ്ഞനുമായി യാതൊരു ബന്ധത്തിനും സാധ്യ അതുപറയുന്നു എടുക്കാൻ വയ്യാത്ത ഒരു ചുമടാണ് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാനേ കഴിയില്ല കാരണം അതിന് പ്രേരകമായിരിക്കുന്ന ആ ജ്ഞാനം കർമ്മം സർവിച്ചിരിക്കുന്നു പിന്നെ ഇങ്ങനെ ശാസ്ത്രം വിധിച്ച കർമ്മം തത്വജ്ഞാനിയെ പ്രാപ്തമാകും അതുകൊണ്ട് അത് പ്രാപ്തമാകുന്നുണ്ട് അത് പ്രാപ്തമാകുന്നുണ്ടെങ്കിൽ കിമുത പിന്നെ എന്തു അത്യന്ത അവിവേകനിമിത്തം യഥാകാമിക്കും യാതൊരു വിവേകമില്ലാത്ത രീതിയിലുള്ള യഥേഷ്ഠാചരണം അത് തത്വജ്ഞാനിയിൽ എങ്ങനെ സംഭവിക്കും ഇതാന്ന് കാരണം ഒരുവൻ അത്യന്താവിവേകിയാണെന്നിരിക്കട്ടെ അത്യന്താവിവേകിയായിരിക്കുന്ന ഒരുവൻ അവൻ്റെ ജന്മാന്തര പുണ്യം കൊണ്ട് അവന് ഇതിൽ ശാസ്ത്രത്തിനും മറ്റു ശ്രദ്ധയുണ്ടായി അവൻ സാധനങ്ങൾ അനുഷ്ഠിച്ച് അവന് ഈശ്വരാനുഗ്രഹവും മനഃശുദ്ധിയും എല്ലാം പ്രാപ്തമായി അവൻ മാർഗത്തിലേക്ക് വരികയാണ് ധർമ്മങ്ങളെല്ലാം യഥാവിധി അനുഷ്ഠിച്ചു അപ്പോൾ ധർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുമ്പോൾ തന്നെ അവൻ ആധർമ്മങ്ങൾ ഒഴിവാക്കി കഴിയും ധർമാചരണത്തിൽ തന്നെ അതാ കാലമാണ് അപ്പോൾ തന്നെ അവനിൽ നിന്ന് അധർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞു പോയി യഥേഷ്ടാചരണങ്ങൾ ഒഴിഞ്ഞുപോയി അവന് വിവേകമുണ്ടായി അതുകഴിഞ്ഞ് ആ ധർമ്മത്തെയും അവൻ ത്യജിക്കും അവൻ എത്രയോ പരിവക്വമായ അവസ്ഥ മനഃശുദ്ധിയും മറ്റും അവിടെ ഉണ്ടാകും അപ്പോൾ ഈ യഥേഷ്ഠാചരണം ഏത് കാലത്തുള്ളത് അവിവേകാവസ്ഥയിലുള്ളതാണ് അത് കഴിഞ്ഞ് അവൻ ധർമാചരണത്തിലേക്ക് വന്നു അപ്പം തത്വജ്ഞാനം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ചിത്തശുദ്ധി പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ യഥാകാമിത്വം അവനിൽ നിന്ന് പോയി അതുകൊണ്ടാണ് അവൻ ധർമ്മത്തെ സ്വീകരിച്ചത് ധർമ്മനിഷ്ഠനായി നീതിനിഷ്ഠനായി സദാചാരനിഷ്ഠനായി അതെല്ലാം അവിടെ കഴിഞ്ഞ കാര്യങ്ങളാണ് അത് കഴിഞ്ഞാണ് പിന്നെ അവൻ ആധ്യാത്മിക സാധനയിലൂടെ അവൻ്റെ മനഃശുദ്ധിയും മറ്റും നേടുന്നതും ശ്രവണമല്ലാതി സാധനങ്ങളും മുഴുകുന്നതും പരിപ്രജനാകുന്നതും തത്വജ്ഞാനം നേടുന്നത് ഇതൊക്കെ അവിവേകാലവുമായിട്ട് ഒരുപാട് ഒരുപാട് മാറിയിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത്രയും മുന്നോട്ട് പോയതിന് ശേഷം വീണ്ടും പഴയത് വരിക അതെങ്ങനെ അതിനു സാധ്യതയില്ലല്ലോ അത് വളരെ ദൂരെ വെച്ച് തന്നത് നഷ്ടമായി അതിനു കാരണമായിരിക്കുന്ന കാമം അജ്ഞാനം ഇതെല്ലാം നഷ്ടമായി ഇതെല്ലാം നഷ്ടമായി കഴിഞ്ഞാൽ തത്വജ്ഞാനിയിൽ അങ്ങനെ ധർമ്മവിരുദ്ധമായ ഒന്നും കാണത്തില്ല ഇനി ആരിലെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അയാൾ തത്വജ്ഞാനിയല്ല എന്നെ പറയാൻ പറ്റും ഇത് പറയുന്നത് വിശേഷം തത്വജ്ഞാനത്തെ സംബന്ധിച്ചാണ് നമ്മൾ മഹാത്മാക്കളെന്ന് കരുതുന്ന അങ്ങനെ കരുതുന്നവരിൽ ചിലരിലല്ല യഥേഷ്ഠാചരണവും മറ്റും കണ്ടിരിക്കാം പക്ഷെ അത് അവർ സഞ്ചരിച്ച മാർഗത്തിന്റെ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു തത്വജ്ഞാനത്തിന്റെ വഴിയിലല്ല അവർ സഞ്ചരിച്ച മറ്റേതെങ്കിലും അഭ്യാസങ്ങളോ തന്ത്രമന്ത്രങ്ങളോ യോഗങ്ങളോ ഒക്കെ ശീലിച്ചവരിൽ അവർ ശീലിച്ചിരിക്കുന്ന രീതികൾക്കനുസരിച്ച് ചിലപ്പോൾ യഥേഷ്ഠാചരണം കാണാം അവരെ പിന്നെ എന്തുകൊണ്ട് മഹാത്മാക്കളെന്ന് കരുതുന്നു കാരണം അവർ ചില അവരുടെ ശീലങ്ങൾ അനുസരിച്ച് അവരുടെ അഭ്യാസങ്ങളനുസരിച്ച് അവരിൽ ചിലപ്പോൾ ചിലൗകമായ ശക്തി വിശേഷങ്ങളോ സിദ്ധികളോ വൈഭവങ്ങളോ എല്ലാം കാണും അത് കണ്ടിട്ട് ആൾക്കാർ മഹാത്മാക്കളാണെന്ന് ധരിക്കും പക്ഷെ അവർ തത്ത്വജ്ഞാനം കണ്ടു അപ്പോൾ തത്വജ്ഞാനത്തിൽ മനഃശുദ്ധി മുഖ്യമായ ഉപായമാണ് അതാണ് അതിൻ്റെ പ്രയോജനം മനഃശുദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടി ധർമ്മത്തെ ആചരിച്ചു ആ ധർമ്മ ആചരണ കാലയളവിൽ തന്നെ അധർമ്മം ഒഴിവായി പിന്നീട് അവന് അധർമ്മം പ്രാപിക്കുന്നതിനുള്ള യാതൊരു അവസരവുമില്ല അതുകൊണ്ട് യഥാകാമ്യത്വം അങ്ങനെ ഒന്നു ഇതിവിടെ സംശയിക്കുന്ന എന്തുകൊണ്ടാണ് ശാസ്ത്രം പോലും ഇവിടെ തത്വജ്ഞാനിയെ നിയന്ത്രിക്കാനില്ല ഈശ്വരനില്ല ഗുരുവില്ല ഇപ്പം എന്തുമാകാറല്ലോ ഗുരുടെ നൈവ ശിഷ്യാണെന്ന് തന്നെ പറയുന്നു തത്വജ്ഞാനി സംഭവിക്കുന്നു ചില വ്യക്തികളിൽ അങ്ങനെ കാണുന്നുണ്ട് അവർ തത്വവിജ്ഞാനിയല്ല തത്വവിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ സാധനങ്ങളും അവരുടെ അഭ്യാസങ്ങളൊന്നും ഇതിനെ മാറ്റുന്ന തരത്തിലായിരുന്നില്ല അതുകൊണ്ട് ആധ്യാത്മിക സിദ്ധികൾ വിശേഷങ്ങളുള്ളവരിലും യഥേഷ്ടാചരണം കണ്ടയ്ക്ക അതിന് തത്വജ്ഞാനമല്ല കാരണം അതുകൊണ്ട് തത്വജ്ഞാനം എന്ന് പറയുന്നത് അത് പരമപരിശുദ്ധമാണ് അവിടെ മറ്റു തരത്തിലുള്ള ഒരു ദോഷവും അവിടെ കാണാൻ കഴിയില്ല പറയുന്നു അത് വിശദിക്കുന്നു ഹി ഉന്മാദ തിമിരദൃഷ്ടി ഉപലബ്ധം വസ്തു തത് അപകമേവി തഥ്മാദ തിമിരദൃഷ്ടി നിമിത്തത്വദൈവത ഉന്മാദം മനസിന്റെ സമനില തെറ്റുക തിമ്മിരം ഇതെല്ലാം കൊണ്ട് ഉപലബ്ധമായ വസ്തു അതെല്ലാം കാണുന്നു പലതും കാണും മനസ്സിന് സമാന അപകമേബി അത് മാറിക്കഴിഞ്ഞാലും ഉന്മാദ തിമിരദൃഷ്ടനിമിത്തത്വം അത് പിന്നെ അത് കാണുന്നില്ല കാഴ്ചകളൊന്നും കാണുന്നില്ല തിമിരമുള്ളവൻ കാണുന്ന രണ്ട് ചന്ദ്രനെ തിമിരം മാറിയോ കാണുന്നില്ല ഉന്മാദമുള്ളവൻ കാണുന്ന ഭ്രാന്തമായ കാഴ്ചകൾ അത് മാറിക്കഴിഞ്ഞാൽ കാണുന്നില്ല അതുപോലെ അജ്ഞാനകാലത്ത് അവിവേകം കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ തത്വജ്ഞാനം കൊണ്ട് അവിവേകം നശിച്ചാൽ പിന്നീട് കാണില്ല തസ്മാത് ആത്മവിധവും വിധാനം വ്യതിരേമിത്വം അന്ന കർത്തവ്യം ഇത്യേത് സിദ്ധം അതുകൊണ്ടെന്താണ് അതുകൊണ്ട് ആത്മജ്ഞന് ആത്മജ്ഞനെ സംബന്ധിച്ച് വിധാനം അല്ലാതെ പരിഭ്രജനം ഇതല്ലാതെ ന യഥാകാമിത്വം യുഥാകാമിത്വം അങ്ങനെ ഒന്നും ഇല്ല മനസ്സിലാക്കണം ആധ്യാത്മിക പുരുഷന്മാരെല്ലാം തത്വജ്ഞന്മാരല്ല ആധ്യാത്മികമായി പല മാർഗങ്ങളുണ്ട് പല മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവരുണ്ട് പല മാർഗങ്ങളിൽ സഞ്ചരിച്ചവർ പല സ്ഥലത്തെത്തും പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും പലതരത്തിലുള്ള കാഴ്ചപ്പാടായിരിക്കും അതിനെല്ലാം തത്വജ്ഞാനം ഒന്ന് സ്വീകരിക്കാം ഇവിടെ പറയുന്നത് അദ്വൈതാത്മബോധം കസ്മാധാത്മവിതു അങ്ങനെയുള്ള അദ്വൈതാത്മബോധമുള്ളവന് വിധാനം വ്യതിരുകയാണ് പരിപ്രജനമല്ലാതെ ന യഥാകാമ്യത്വം യഥാകാമ്യത്വം അവന് സംഭവിക്കുന്നില്ല നന്യത് കർത്തവ്യം മറ്റ് കർത്തവ്യം വിഹിതമായ കർമ്മങ്ങൾ അതും അവൻ കാണുന്നില്ല സിദ്ധം ഇതുവരെയുള്ള ഭാഗങ്ങളെ കൊണ്ട് അത് സിദ്ധമായി ഇതാണ് തത്വജ്ഞാനിയെ സംബന്ധിച്ച് ശങ്കരാചാര്യരുടെ നിലപാട് ഒരു ശങ്കരാചാര്യരുടെ നിലപാടായി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമുക്കത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം ഒരു ശങ്കരാചാര്യർ പറയുന്ന ഇതാണ് എന്ന് മനസ്സിലാക്കണം അത് വിദ്യാം വിദ്യാംഭയം സമിതി എന്ന തോ വിദ്യാസഹ അവിദ്യാഭി വർത്തത ഇത്യായും അർത്ഥ വിശാവാസ്യത്തിൽ പറഞ്ഞല്ലോ വിദ്യാം ഉമിച്ച് അറിയുക അല്ലെങ്കിൽ ഒരുമിച്ച് അനുഷ്ഠിക്കുക അവിദ്യയാമൃതം തീർത്തു അവിദ്യയാമൃതം അശ്വനിതെന്ന് പറഞ്ഞു അപ്പൊ അവിടെ എന്താ പറയുന്നത് വിദ്യയും അവിദ്യയും ഒരു വ്യക്തിയിൽ ഒരേ കാലത്ത് വേണമെന്നാണ് ഉഭയം സഹ ഉഭയം ഒരുമിച്ച് സഹ എന്ന് പറഞ്ഞ ഇപ്പോൾ കർമ്മവും ഞാനും ഒരേ സമയം വേണം വീണ്ടും ഇത് പഴയ ചോദ്യമാണ് അതിന് സമാനം പറയുന്നത് കാരണം ശാസ്ത്രീയമായി ശാസ്ത്ര പ്രമാണത്തെ അവലംബിച്ചുകൊണ്ട് സംശയങ്ങൾ ഉന്നയിച്ചാൽ തന്നെ മറുപടി പറഞ്ഞേ തീരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച ഇത്രയൊന്നും ആവശ്യമില്ല കാര്യം നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായി എന്തിനാ ഇത്രയും ചർച്ച നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം നമ്മൾക്ക് ശാസ്ത്ര ഇല്ല അതുകൊണ്ട് തിൽ അപൂർണത വരും അപൂർണത വരുന്നുകൊണ്ട് എന്താണോ അജ്ഞ സുഖമാരാധ്യ സുഖത്തരം ആരാധ്യതയെ വിശേഷിക്കെ സമാധാനിപ്പിക്കാനും സംതൃപ്തനാക്കാനും ജ്ഞാനിയാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് കാരണം അവന് അവന് സംശയങ്ങളില്ല അവൻ അവന്റെ അല്പജ്ഞാനത്തിൽ അവൻ എപ്പോഴും സംതൃപ്തനാകും അവന് അവന്റെ ആത്മജ്ഞാനത്തിൽ അവൻ സംതൃപ്തനാവുന്നുകൊണ്ട് അവനിൽ വീണ്ടും വിവേകത്തെ ഉണ്ടാകും അവണ്വന്റെ ജ്ഞാനത്തിന് അളക്കം വരുന്നു ഓ ഞാനിതുവരെ ധരിച്ചത് ശരിയല്ലല്ലോ എന്ന് വീണ്ടും ചിന്തിക്കുന്നു അപ്പതുവരെ അവൻ ജ്ഞാനിയായി എന്നാൽ അജ്ഞാസുഖമായധ്യാപറു വളരെ അനായസമായ അജ്ഞാനെ സമാധാനിപ്പിക്കാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞുകൊടുത്താൽ തനവലി സമ്മതിക്കും ഓഹ് വലിയ കാര്യമാണ് പറഞ്ഞത് എന്നാ അങ്ങനെ പറയും അത് എത്രമാത്രം അജ്ഞാനോട് അതിനനുസരിച്ച് അവനെ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാണ് എളുപ്പവനെ സമാധാനപ്പെടുത്താൻ പറ്റും ധരിക്കും ഇതാണ് അപ്പോൾ ചർച്ച എന്താണ് ചെയ്യുന്നത് അവൻ്റെ അജ്ഞന്റെ നിലയിൽ നിർത്തി അവനെ സമാധാനിപ്പിക്കുക അവന്റെ അജ്ഞാനത്തെ പോഷിപ്പിക്കുന്നതായിരിക്കും മനസ്സന്റെ മനസ്സിനെ ഇളക്കുകയാണ് അവനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അങ്ങനല്ല നീ ഇപ്പോ കൃതകൃത്യനായാ ശരിയാകത്തില്ല അങ്ങനാണ് വീണ്ടും ശാസ്ത്ര ചർച്ചയുടെ ആവശ്യം വരുന്നത് അജ്ഞന് എളുപ്പം ഇത്രയല്ലേ ഉള്ളൂ കാര്യം ഞാൻ മനസ്സിലായിരുന്നു തത്വമസ് അഹം ബ്രഹ്മാസ്മി ഇതിലും ഇനി എന്താ മനസ്സിലാക്കണം കാര്യം കഴിഞ്ഞു അവനപ്പുറം ചിന്തിക്കാൻ വയ്യ അതിൽ തന്നെ എന്തെല്ലാം പോരായ്മകൾ വരാം ആ പറയുന്ന സിദ്ധാന്തത്തിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ഉന്നയിക്കാമെന്ന് ചിന്തിക്കുന്നതിനുള്ള വിവേകം അവന്റെ മനസ്സിൽ വരുന്നില്ല ഇവിടെ ഭാഷകാലം ചർച്ച ചെയ്യുന്നവരാണോ അവിടെ വിദ്വാന്മാരോടാണ് വിദ്വ ചർച്ച ചെയ്യുന്നു അവരോട് സിഹം ബ്രഹ്മാസി എന്നും പറഞ്ഞ് അവര് ഇരട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കാൻ പറ്റത്തില്ല അപ്പം അവരിതെല്ലാം ഒരുപാട് കേട്ടിരിക്കുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിരിച്ചിരിക്കുന്നവരാണ് സാഖ്യനും നൈയായികനും ബൗദ്ധനും അങ്ങനെ എത്രയോ പേര് അവരെ സംബന്ധിടത്തോളം ആത്മാവ് അനാത്മാവ് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് പല കാര്യങ്ങളും അവർ ചിന്തിച്ച് ധരിച്ചിട്ടുണ്ട് അവര് സുഖതരം ആരാധക അനായാസമായി അതുകൊണ്ട് എന്തു ചെയ്യുന്നു അവരെ വീണ്ടും വീണ്ടും അവരുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾക്ക് മറുപടി പറയും ഇവിടെ പ്രധാനമായും സംശയങ്ങൾ ഉന്നയിക്കുന്നത് കാരണം അവരുടെ വിചാരം മുഴുവൻ വേദത്തെ ആശ്രയിച്ചാൽ വേദത്തെ അവർ സമഗ്രമായി വിചാരം ചെയ്തിരിക്കയാണ് വേദത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് പറയുന്നു എന്നുള്ളതെല്ലാം അവരുടെ മനസ്സിൽ സദാ ഉയർന്നു വരും അവിടെ ആത്മാവിനെ കുറിച്ചും മനാത്മാവിനെ കുറിച്ചും ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് തത്വജ്ഞാനം അങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊക്കത്തില്ല ഒരു ജോലി അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്രയൊരു പശ്ചാത്തലം നമുക്കില്ലാത്തോണ്ട് ചർച്ചയെല്ലാം വ്യർത്ഥമായി തോന്നും കാരണം സുഖതരം ആരാധ്യ നമ്മളെ വളരെ അനായാസമായി ബുദ്ധിയുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അതങ്ങനെയല്ല ഇന്നത്തെ വിദ്യാവധോ വിദ്യാസഹ അവിദ്യാവിവർദ്ധതയോ ഇത്യായ്മ അതിന്റെ താല്പര്യം അതല്ല നിങ്ങൾ ധരിച്ചിരുന്ന പോലെ വിദ്യയും അവിദ്യയും ഒരേ സമയം ഇരിക്കുന്നു അല്ലെങ്കിൽ അതിനറിയുന്നു അല്ലെങ്കിൽ അതിനനുഷ്ഠിക്കുന്നു വിദ്യമൃത മശിനത്തെ അങ്ങനെ മോക്ഷം നേടുന്നു എന്നൊന്നും അല്ല എന്റെ താല്പര്യം പിന്നെന്താണ് ഏകസ്മിൻ പുരുഷ്യേത കാരണം അവിടെ പറയുന്നുണ്ട് വിദ്യാം അവിദ്യാം അടുത്ത് പറയുമ്പോൾ പറയുന്നു അവിദ്യയ അർത്ഥ അതൊരു കാര്യം വിദ്യയ അമൃത മശന്തി രണ്ടാമത്തെ കാര്യം ആ ഭാഗങ്ങളെ ശ്രദ്ധിക്കുന്നു രണ്ടിനും ഒരു ഫലമല്ല പറയുന്നത് അവിദ്യയുടെ ഫലം വേറെ പറഞ്ഞു അവിദ്യയ മൃത്തം തീർത്തുക വിദ്യയ അമൃതമശന്തി രണ്ടും അറിഞ്ഞിരിക്കണം പക്ഷെ ഒന്ന് ഒന്നിനു വേണ്ടി മറ്റൊന്ന് മറ്റൊന്നിനു വേണ്ടി ഈ ഇത് ഇത് കണക്കിലെടുക്കാത്ത ആദ്യ ഭാഗം മാത്രം ചിന്തിച്ചിട്ട് ചോദ്യം ചോദിക്കാനോ ശരിയിൽ നിന്ന് അല്ലെങ്കിൽ അത് കേട്ടങ്ങ് കൃതാർത്ഥനാകാനോ രണ്ടും പാടില്ല കസ്തർഹി ഏകസ്വൻ പുരുഷ ഇന്നെന്താണ് ഒരു വ്യക്തിയിൽ ഏകതായുക ഒരേ സമയം തന്നെ നസഹസമ്പദ്ധ രണ്ടും ചേരില്ല എന്നാണ് എന്റെ താൽപര്യം അത് വിശദമാകുന്നു എങ്ങനെയാണ് യഥാശക്തികായാം രജതശക്തികായ ജ്ഞാന ഏകസ്യ പുരുഷസ്യം ഒരു വ്യക്തിക്ക് ഒരേ സമയം ഇത് രജ്ജുവാണെന്ന് തോന്നുന്നു ഇത് സർപ്പമാണെന്ന് തോന്നുന്നു അത് സംഭവിക്കുന്നില്ലല്ലോ രജ്ജുവാണെന്നുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ അവിടെ സർപ്പജ്ഞാനമില്ല സർപ്പമാണെന്നുള്ള ജ്ഞാനം ഉണ്ടെങ്കിലോ രജു ജ്ഞാനം വരുന്നത് വരാതിട്ട് മാറത്തു ഇത് ഒരു സമയം ഒരു ജ്ഞാനമേ ഉള്ളൂ ഒന്നുകിൽ സത്യജ്ഞാനം അല്ലെങ്കിൽ നിത്യാജ്ഞാനം ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ കാണത്തുള്ളൂ ഇത് വേദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഇവിടെ ചിന്തിച്ചാൽ കാരണം വേദം എന്ന് പറയുന്നത് സമഗ്രമായൊരു ഉപദേശമാണ് ഓരോ അധികാരിക്കും വേണ്ടതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് വേദത്തെ മുഴുവൻ പരിശോധിച്ച് നോക്കുക ൂരമേതെ വിപരീത വിഷൂചി അവിദ്യാജ വിദ്യ ഇരി ജാതെ ഇരിഹി കാഠെ ഇത് പരസ്പര ഭിന്നമാണ് വിപരീത വിഷൂചി ഭിന്ന മാർഗങ്ങളാണ് ഭിന്ന ഫലത്തെ കൊടുക്കുന്നതാണ് ഒരേ ദിക്കിലേക്കല്ലേ ഇത് രണ്ട് സഞ്ചരിക്കുന്നത് വിഷൂചി എന്ന് വെച്ചാൽ വിപരീത ദിക്കിലേക്ക് സഞ്ചരിക്കുകയാണ് ഒന്ന് കർമ്മത്തിന്റെ മാർഗം അത് ആ വഴിക്ക് പോകുന്നു ഉപാസന കർമ്മം ഹിരണ്യ ഗർഭപ്രാപ്തി വരെ മറ്റൊന്ന് വിദ്യയുടെ മാർഗം തത്വജ്ഞാനം മോക്ഷം അപ്പോൾ ഇത് തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിന്റെ രണ്ടിന്റെ ഗതി രണ്ടു രീതിയിലാണ് അവിദ്യായാജ വിദ്യാടേ എന്നവിടെ പറയുന്നു തസ്മാ വിദ്യം സത്യം അവിദ്യ സംഭവോ അസ്തി അതുകൊണ്ട് വിദ്യ ഉഭയം സഹ വേദ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാക്കും വിദ്യയാം സത്യം വിദ്യ ഉള്ളപ്പോ അവിദ്യ സംഭവവും നാസ്തി അവിദ്യ അവിടെയില്ല അതാണ് ഫലത്തെ പറയുമ്പോൾ വിദ്യം തീർത്തു ആ വിദ്യയുടെ ജോലി കഴിഞ്ഞു അതുകൊണ്ട് മൃത്യു തരണം സംഭവിച്ചു പിന്നീട് ശേഷിക്കുന്നതാണ് വിദ്യയ വിദ്യ മാത്രം രണ്ടുപേർ ഒരുമിച്ച് നിക്കുന്നില്ലല്ലോ തപസ ബ്രഹ്മ വിജിജ്ഞാസസ്വ ഇത്യാദി ശ്രുതി എന്തുകൊണ്ടങ്ങനെ എടുത്തു ശ്രുതി എന്ന് പറയുന്നു തപസ ബ്രഹ്മ വിജിജ്ഞാസസ്വ മനസ്സ ഇന്ദ്രിയാം ഐകാഗ്രം പരമം തപ അല്ല നമ്മൾ ചർച്ച ചെയ്തതാണ് തപസ്സാവശ്യമാണ് വിദ്യാതി തപ ആദി വിദ്യോത്പത്തിസാധനം ഗുരു ഉപാസനാദിജ കർമ്മ അവിദ്യാത്മകത്വ അവിദ്യ വെച്ചത് അവിദ്യയാ മൃത്തം തീർത്തുക എന്ന് പറയുന്നത് എന്താ ഇവിടെ അവിദ്യ എന്നാ വിദ്യ കർമ്മം എന്ത് കർമ്മമാണ് തപസ് തപ ആദി വിദ്യ ഉത്പത്തി സാധനം വിദ്യ ഉത്പത്തിയുടെ സാധനം വിദ്യ ഉത്പത്തിക്ക് ഉപായമായിരിക്കുന്നത് പറഞ്ഞല്ലോ അപരോക്ഷമായ ജ്ഞാനം വേണം അപരോക്ഷജ്ഞാനം ഉണ്ടാകുന്നതിനുള്ള സാധനം എന്തൊക്കെയാണ് തപസ് തുടങ്ങിയവ ഗുരു ഉപാസന ഗുരുവിനെ ആശ്രയിക്കുക ഗുരുവിനെ സേവിക്കുക ഗുരുവിൽ നിന്ന് തത്വം ഗ്രഹിക്കുക ശ്രവണ മനനാധി സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ വിദ്യ ഉത്പത്തിക്ക് ഉപായമായിരിക്കുന്നു ഇതെല്ലാം എന്താണ് കർമ്മ ഇതെല്ലാം കർമ്മമാണല്ലോ ഇതെല്ലാം ശാരീരികമോ മാനസികവുമായിട്ടുള്ള കർമ്മങ്ങളാണ് അപ്പോ ആ കർമ്മങ്ങൾ അതൊക്കെ അനുഷ്ഠാനങ്ങളാണ് തത്വത്തെ ശ്രവിക്കുന്നു ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു മനനം മനസ്സ് പ്രവർത്തിക്കുന്നു എല്ലാം കർമ്മങ്ങളാണ് ഗുരു ഉപാസന ഗുരുസേവ ചെയ്യുന്നു ഗുരുവിന്റെ ആജ്ഞയെ പാലിക്കുന്നു അത് കർമ്മമാണ് തപസ് മനസ്സിന്റെ ഏകാഗ്രത സ്വീകരിക്കുന്നു തപസ്സാണ് ഇന്ദ്രിയ നിഗ്രഹം പോലെയുള്ള കാര്യങ്ങളെല്ലാം തപസ്സിൽ വരുന്നു ബ്രഹ്മചര്യാദിവ്രതങ്ങൾ തപസ്സാണ് ഇതെല്ലാം ഇതെല്ലാം അനുഷ്ഠാനങ്ങളാണ് അതുകൊണ്ട് ഇതെല്ലാം കർമ്മമാണ് ഇതെല്ലാം അവിദ്യാത്മകമാണ് ഇതല്ല സാധന സാധന അവിദ്യാത്മകമാണ് എന്തുകൊണ്ട് സിദ്ധന ഇതൊന്നുമില്ല തത്വജ്ഞാനതൊന്നുമില്ല ഇപ്പൊ തത്വജ്ഞാനം പ്രാപിക്കുന്നതുവരെ അനുഷ്ഠിക്കേണ്ട ഇതെല്ലാം അവിദ്യാകാര്യമാണ് കർമ്മമാണ് അതുകൊണ്ട് ഇതിന് അവിദ്യ എന്ന് പറയാം അപ്പൊ അവിദ്യയ മൃത്തും തീർത്തുവാണ് തേന വിദ്യ ഉത്പാദ്യ മൃത്യും കാമും അതിതരതി എന്താണ് അവിദ്യയാ മൃത്തം തീർത്തുക അവിദ്യ കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്തിട്ട് തേനെ വിദ്യ ഉത്പാദി അതുകൊണ്ട് വിദ്യയെ ഉത്പാദിപ്പിച്ചിട്ട് മൃത്തം തീർത്തുവാ മൃത്യെന്ന് വെച്ച കാമം കാമത്തെ തരണം ചെയ്യുന്നു മൃത്യു കാമമാണ് പലയിടത്തും പറയുന്നുണ്ടോ സനസ് ജാതിയത്തിന്റെ ഭാഷ ഭാഷക്കാരതിനെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്യുന്നുണ്ട് മൃത്യു എന്ന് പറയുന്നത് കാമമാണ് കാമം തന്നെ മൃത്യു എന്തുകൊണ്ട് കാമ ഹേതു ആണ് മൃത്യു സാധാരണ സംഭവിക്കുന്ന മൃത്യുവിനും കാരണം മൃത്യു ജനന മരണങ്ങൾ അത് കാമഹേതുവാണ് അതെന്ന് പറയുന്നു ആ കാമം അതിനെ തപസ് തുടങ്ങിയ സാധനങ്ങളെ കൊണ്ട് വിദ്യ കാമത്തെ എങ്ങനെ നശിപ്പിക്കും കാമത്തിനും കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിച്ച് വിദ്യ കാമത്തം നശിപ്പിക്കുന്നു അങ്ങനെ അവിദ്യയാ മൃത്തം തീർത്തു അവിദ്യ കൊണ്ട് അവിദ്യ എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളല്ല അവിദ്യ അവിദ്യ കൊണ്ട് മൃത്യം തീർത്തുക അവിദ്യ നേരിട്ട് അവിദ്യക്ക് കാമത്തം നശിപ്പിക്കാൻ സാധ്യമുണ്ട് അജ്ഞാനത്ത് നശിപ്പിക്കാൻ സാധ്യമുണ്ട് ഈ അവിദ്യ ഈ തപസ്സും മറ്റും ശ്രവണാവിസാധനകൾ അത് വിദ്യയുണ്ടാക്കി ഇതിനെ നശിപ്പിച്ചിട്ട് തതോ നിഷ്കാമ തക്ത ബ്രഹ്മവിദ്യയാ അമ്പതത്വം അശ്വരത്തെയും വിദ്യയാ വിദ്യ കൊണ്ട് ഇവിടെ പറയുന്ന ആദ്യം കാമത്തെയും മറ്റും തരണം ചെയ്യുന്നതിന് വേണ്ടി വരുന്നെന്താണോ വിവേകം സാമാന്യമായ വിവേകം അത് മതി ആ സാമാന്യമായ വിവേകം കൊണ്ട് കാമത്തെ തരണം ചെയ്യുന്നു ആത്യന്തികമായ കാമത്തരണമാണ് മോക്ഷം മൃത്യു തരണമാണ് മോക്ഷ അത് അപരോക്ഷമായ ജ്ഞാനം കൊണ്ട് അതിനവസാനം വിദ്യ എന്ന് പറഞ്ഞു അത് അന്തിമമായി അതപരോക്ഷതോ നിഷ്കാമ നിഷ്കാമനായി തെക്കേഷനഹ യേശുനയെല്ലാം ത്യജിച്ചവനായി ബ്രഹ്മവിദ്യയിലൂടെ അമൃതത്വം അശ്വതി അമൃതത്വത്തെ പ്രാപിക്കുന്നു വിത്യേതം അർത്ഥം ദർശയുന്ന ഈ അർത്ഥത്തെ കാണിച്ചുകൊണ്ട് പറയുന്നു അവിദ്യയാ അമൃത് തീർത്ത വിദ്യയ അമൃതം അശ്വരുതി അതാണ് അവിദ്യയാ മൃതം തീർത്ത വിദ്യയാ അമൃതം അശ്വരുതിന്റെ താല്പര്യം ഇത് നമ്മൾ മുമ്പ് ഈശവാസ്യത്തിൽ ചർച്ച ചെയ്തതാണ് പക്ഷെ അവിടെ ഈ തരത്തിലുള്ള ഭാഷകാരും വ്യാഖ്യാനിച്ചു വിദ്യുന്നതിന് കർമ്മമൊന്നും വിദ്യ എന്ന് പറയുന്നതിനവിടെ ഉപാസനയൊന്നും അർത്ഥം കൊടുത്തു അവിദ്യയാ മൃത്യം തീർത്തുക വിദ്യയാ ഉപാസനമുണ്ട് അമൃതം അവിടെ പറഞ്ഞു അമൃതത്വം ഹിരണി ഗർഭപ്രാപ്തി അവിടെ അങ്ങനെ വ്യാഖ്യാനിച്ചത് ഇവിടെ വന്നപ്പോൾ ഭാഷകാരൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചു അപ്പം അവിടെ വ്യാഖ്യാനിച്ചത് മറന്നുപോയതാണോ അങ്ങനെ വ്യാഖ്യാനിച്ചു ഇവിടെ വന്നപ്പോൾ വേറൊരു രീതി വ്യാഖ്യാനിച്ചു അതാണോ അല്ലേ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്തായാലും അവിടെ വ്യാഖ്യാനിച്ചതല്ല ഇവിടെ വ്യാഖ്യാനിച്ചു ഇവിടെ എന്തായാലും ഏതരത്തിൽ വ്യാഖ്യാനിച്ചാലും നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം അവിടെ എന്താ വ്യാഖ്യാനിച്ചതെന്ന് നമുക്കിപ്പോൾ അറിയില്ല ഇവിടെ ഇപ്പം എന്താ വ്യാഖ്യാനിക്കുന്നതിനെ പിടിയില്ല അങ്ങനെ ആർക്കിങ്ങനെ പിടികിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് അവിടെ അങ്ങനെ വ്യാഖ്യാനിച്ചു ആ അമൃതം തെരുത്തുക വിദ്യയാ അമൃതം അശ്വതി കർമ്മം കൊണ്ട് അയാളുടെ പാപത്തെ എല്ലാം നശിപ്പിച്ച് ഉപാസനയിലൂടെ ഹിരണി ഗർഭപ്രാപ്തി ഉപാസനയുടെ ഭാഗമായിട്ടാണ് അവിടെ അതിനെടുത്തത് അപ്പോൾ അത് പറയാൻ കാരണം എസ്തൃദ്വേദ സഹ അവിടെ ഭാഷകാരൻ വിശദീകരിച്ചു ആ ഉഭയം സഹ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കാരണം കർമ്മവും ജ്ഞാനവുമായിട്ട് ഒരു തരത്തിൽ സമുച്ചയം പാടില്ല വിദ്യയെന്ന് കർമ്മമെന്നെടുത്ത് വിദ്യ എന്ന് പറയുന്നതിന് ജ്ഞാനമൊന്നും എടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടിയുള്ള അനുഷ്ഠാനം അതുകൊണ്ട് ഒരേ കാലത്ത് രണ്ടും അനുഷ്ഠിച്ച് മോക്ഷത്തെ പ്രാപിക്കാമെന്ന് പറഞ്ഞാൽ ഞാന കർമ്മ സമുച്ചയം പത്ത് ജ്ഞാനിയും കർമ്മം അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് അവിടെ വിദ്യ ആ വിദ്യയ്ക്ക് അർത്ഥമെടുക്കാൻ പാടില്ല എന്നാ സഹ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു സഹ എന്ന് വെച്ചാൽ ഒരുമിച്ചാണ് അതുകൊണ്ട് ആദ്യം കർമ്മത്തെ അനുഷ്ഠിക്കുക നിഷ്കാമ കർമ്മവും മാറ്റം കൊണ്ട് മനസ്സിന് നേടി അപ്പോൾ ആ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഉപാസനകളുമാകാം കർമ്മത്തിന്റെ ഭാഗമായി വേദം തന്നെ ഉപാസനകളെ വിധിച്ചിരിക്കുന്നു അപ്പം ആ ഉഭയം സഹ ഒരേ സമയമാകാം അങ്ങനെ ഉപാസനകളും അനുഷ്ഠിച്ചാൽ പക്ഷേ കർമ്മ ഉപാസനയാണ് തത്വജ്ഞാനത്തിലേക്ക് എത്തിയില്ല അതുകൊണ്ട് സദ്യോ മുക്തി അത് സംഭവിക്കത്തില്ല പക്ഷെ ഹിരണ്യഗർഭപ്രാപ്തി അത് സംഭവിക്കാം അതങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ പറയുന്നു വിവേകം വിദ്യ അതായത് ഒരു മുമക്ഷുന്നവനും വിദ്വാനാണ് എന്തുകൊണ്ടാണ് മോക്ഷം ആത്മാവ് ഇതെല്ലാം ഇതിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് അയാൾ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് സാധനങ്ങളിൽ മുഴുകുന്നത് അപ്പോൾ അയാളും വിദ്വാനാണല്ലോ പക്ഷെ അയാളിൽ സംശയാദി അജ്ഞാന സംശയങ്ങൾ പൂർണ്ണമായും നിവർത്തിച്ചിട്ടില്ല പക്ഷെ അയാൾ പൂർണമായും അജ്ഞനല്ല അപ്പോൾ അയാളിൽ അപ്പോൾ ആ വിദ്യ ഉള്ളതുകൊണ്ട് അയാൾ ചെയ്യുന്നു തപസ് തുടങ്ങിയ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു എന്തിനുവേണ്ടി അയാൾക്ക് അപരോക്ഷമായ വിദ്യ പ്രാപ്തമാകുന്നു അപരോക്ഷ വിദ്യ എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാന സംശയങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന ആ വിദ്യ ആ വിദ്യ ഉത്പത്തിക്ക് സാധനം തപാതി എന്ന് ഭാഷകാലം പറഞ്ഞതാണ് മുമ്മുഷു വിദ്വാനായിരിക്കുന്നെങ്കിലും അയാൾ അജ്ഞാന സംശയങ്ങളോടുകൂടി ഇരിക്കുന്നുണ്ട് അയാൾക്ക് ഗുരു ഉപാസന തുടങ്ങിയ സാധനങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും തത്വജ്ഞാനത്തിൽ സാധന വേണോ വേണ്ടേ എന്ന് പറയും തത്വജ്ഞാനത്തിൽ അയാൾക്ക് ദൃഢതയില്ലെങ്കിൽ അതായത് തത്വജ്ഞാനത്തിൽ തന്നെ അയാൾക്ക് അജ്ഞാന സംശയങ്ങളുണ്ടെങ്കിൽ ഈ സാധനകളെല്ലാം ആകാം തപ ആദി എന്ന് പറഞ്ഞു ശ്രവണമനനാദികൾ മാത്രമല്ല ശ്രവണ മനനാദികളിൽ അയാൾക്ക് നിഷ്ഠ സ്ഥിരത കിട്ടുന്നില്ലെങ്കിൽ എന്തോ പാപങ്ങളുടെ ബാഹുല്യം കൊണ്ടാണോ അതൊക്കെ വിഘ്നങ്ങളാണ് അതില്ലാതാക്കുന്നതിന് തപസ് അനുഷ്ഠിക്കാം ശാസ്ത്രവിഹിതമായിട്ടുള്ള തപസ്സുകളും അനുഷ്ഠിക്കാം മനഃശുദ്ധിക്ക് വേണ്ടി കർമ്മയോഗാനുഷ്ഠാനവും ആകാം അതോടൊപ്പം ഇതെല്ലാം ചെയ്യാം ശ്രവണ മനനാദികൾ ചെയ്യും ഇതെല്ലാം എടുക്കാം എന്നിവിടെ പറയൂ അതാണ് ഗുരു ഉപാസനാദി ഗുരു ഉപാസന എന്ന് പറയുമ്പോൾ എന്താണ് വെച്ചിട്ട് മണി അടിക്കുക എന്നുള്ളതാണ് ഗുരുപാസന എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ വാക്കുകൾ അത് പരിപാലിക്കുക എന്നുള്ളതാണ് മുഖ്യം അതാണ് ഉപാസന നിരന്തരമായി ഗുരുവിന്റെ വാക്കുകളെ അനുസന്ധാനം ചെയ്യും അപ്പം അതനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടിവരും അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഗുരു പറയുന്ന അനുസരിക്കേണ്ടി വരും അപ്പോൾ ഗുരു നിർദ്ദേശിക്കുകയാണ് അത് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തേ പറ്റൂ അപ്പവിടെ അതിലെ ഗുരു ഉപാസന അകത്തുള്ളു ഗുരുവിന്റെ വാക്കനുസരിക്കുന്നതാണ് ഗുരു ഉപാസന അപ്പോൾ അത് മറ്റേത് ആർക്കും ചെയ്യാമെന്നുള്ള കാര്യമാണ് ഗുരു ഉപാസന എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല ഗുരുവിന് സ്തുതി പറയാൻ ഏത് മൂഢനും കഴി അനധികാരിക്കുമെന്ന് കഴിയും പക്ഷേ ഗുരു ഉപാസന പ്രയാസമാണ് കാരണം ഗുരു പറയുന്നത് അനുസരിക്കേണ്ടി വരും അനുഷ്ഠിക്കേണ്ടി വരും അത് നമ്മൾ സൗകര്യപൂർവ്വം മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതല്ല അപ്പോൾ ഗുരു ഉപാസന അനുഷ്ഠിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് ഗുരു എന്ത് നിർദ്ദേശിക്കുന്നോ അതെല്ലാം ചെയ്യുന്നു എല്ലാം വരുമല്ലേ നിഷ്കാമകർമ്മമോ ജപമോ തപമോ സർവതോ ഉള്ളത് അങ്ങനെ വരുമ്പോൾ അതെല്ലാം എന്തവരെ വിദ്യ സാധനമാണ് ഇങ്ങനെ യഥാർത്ഥ വിദ്യ ഉത്പത്തിക്ക് യഥാർത്ഥ വിദ്യ മാത്രമല്ല ഏതൊരു വിദ്യയാണോ അയാളെ മുമുക്ഷക്കിയത് ആ വിദ്യയിൽ വരുന്ന ദോഷങ്ങളെല്ലാം അജ്ഞാന സംശയങ്ങൾ എല്ലാം മാറ്റി ആ വിദ്യ കൂടുതൽ സ്പഷ്ടവും വ്യക്തവുമാക്കും ആ വിദ്യ അവസാനം ആ വിദ്യയുടെ പൂർണ്ണതയിൽ എന്ത് ചെയ്യുന്നു ആ വിദ്യ അജ്ഞാന സംശയങ്ങളെ പാടേ പൂരീകരിക്കും അതുകൊണ്ട് പറയുന്നു അത് ആ വിദ്യയുടെ അപരോക്ഷത അപ്പൊ പരോക്ഷമായ വിദ്യയെ പ്രാപിക്കുക എന്നുള്ളത് അതിന് ഗുരുപാസനയും മറ്റും കൂടിയേ തീരൂ അത് ആണിവിടെ പറയുന്നത് അതെല്ലാം അവിദ്യ അന്തർഗതമാണെങ്കിലും അതില്ലാതെ ഈ വിദ്യ സാധ്യമല്ല അതിന് ഗുരുന ശിഷ്യ എന്നെല്ലാം പറയാം പക്ഷെ അങ്ങനെ ഒരു നിലയിൽ എത്തണമെങ്കിൽ ഗുരു ഉപാസന കൂടാതെ സാധ്യമല്ല അതുകൊണ്ട് ഇവിടെ ഭാഷകാരം വേഖ്യാനിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അപ്പം ഇവിടെ ഉഭയം സഹം എന്ന് പറയുന്നതിന് ദോഷം ഇവിടെ ജ്ഞാനവും കർമ്മവും എന്ന് പറഞ്ഞാൽ ദോഷം വരും അവിടെ ജ്ഞാനവും കർമ്മവും എന്ന് പറയുന്നത് എന്താണോ വേദവിഹിതമായ കർമ്മങ്ങളും യുവാമ പരമാത്മ ഏകത്വജ്ഞാനവും ഒരുമിക്കത്തില്ലെന്നാണ് അവിടെ പറയുന്നത് എന്തുകൊണ്ട് വേദവിഹിതമായ കർമ്മങ്ങളെല്ലാം കർത്തൃത്വ ബോധത്തോടു കൂടിയേ ചെയ്യാൻ പറ്റും മനസ്സിലാക്കുന്നത് അഹം അകർത്ത എന്നാണ് അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സാധ്യമു അതുകൊണ്ട് ഭാഷകാരൻ അവിടെ അതിനെ നിഷേധിച്ചു പക്ഷെ അവിദ്യ എന്നുള്ളതിന് ഇങ്ങനെ ഒരു അർത്ഥമെടുത്തു കഴിഞ്ഞാൽ അത് വിവേകത്തോട് ജ്ഞാനത്തോട് ഒരുമിച്ച് പോകുന്നു എന്നാണ് ഇതെല്ലാം അക്രോഷ ജ്ഞാനത്തിന് കാരണമാണ് ഇവിടെ പറഞ്ഞു തപ ആദ്യ വിദ്യ ഉത്പത്തി സാധനം വൈദിക കർമ്മങ്ങളെന്ന് പറയുന്നില്ല വിദ്യ ഉത്പത്തിക്ക് സാധനമായിരിക്കും മറ്റ് വൈദിക കർമ്മങ്ങളിലേക്ക് പോയാലോ അത് വിദ്യ ഉത്പത്തിക്ക് തടസ്സമായിരിക്കും എന്തുകൊണ്ടാണ് അവിടെ കർത്തൃത്വ ഭോക്തൃത്വം ഭാവന ചെയ്ത എന്തുകൊണ്ട് അവിടെ കർത്തൃത്വാദി ഭാവനയെല്ലാം മറിച്ച് കർത്തൃത്വാദി ഭാവനയെ നിരാകരിക്കുകയാണ് തപ ആദിവിദ്യോത്പത്തി സാധനം എന്ന് പറയുന്നതിന് നിഷ്കാമകർമ്മം പോലെയുള്ള കാര്യങ്ങൾ എടുക്കാം അതോടൊപ്പം ഗുരു ആ ഗുരുപാസനയും ഗുരുവിൽ നിന്ന് ആധ്യാത്മിക തത്വങ്ങൾ ആധ്യാത്മിക രഹസ്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതും വരും ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ് എന്ന് ഇവിടെയാണ് പറയുന്നത് ഒരു മന്ത്രത്തെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നതാണ് ഒരു മന്ത്രത്തിന് ഇങ്ങനെയുള്ള ഒരു വ്യാഖ്യാനമേ പാടുള്ളൂന്ന് നിയമമൊന്നുമില്ല ഒരു ശബ്ദത്തിന് എല്ലാ അർത്ഥമേ പാടുള്ളൂ എന്നില്ല ഇവിടെ അത് എങ്ങനെ തത്വബോധത്തിന് ഉപകരിക്കുന്നു എന്നുള്ള മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ മാത്രമല്ല ഭാഷകാരൻ പലയിടത്തും പലതും ഒരു തവണ വ്യാഖ്യാനിച്ച് വേറെ തവണ വ്യാഖ്യാനിക്കുമ്പോൾ വേറെ രീതി വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷേ ഈ വ്യാഖ്യാനങ്ങളിൽ ഓരോടത്തും നമുക്ക് പരസ്പര വൈരുദ്ധ്യം കാണാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അത് തത്വത്തിന്റെ ഓരോ നിലയെ അല്ലെങ്കിൽ തത്വജ്ഞാനത്തിന്റെ ഓരോ തരത്തിലുള്ള ഉപായങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ഒന്ന് മറ്റൊന്നിന് വിരുദ്ധമാണെങ്കിൽ അസംബന്ധമാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇതൊന്നും മറ്റൊന്നിന് പൂരകമായിട്ടാണ് വരുന്നത് മറ്റത് തികച്ചും വൈദികമായ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല ഇവിടെ കൂടുതൽ ആധ്യാത്മിക സാധന അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇവിടെ പറയും ജ്ഞാനവും ജ്ഞാനസാധനയും മാത്രം മറ്റത് കർമ്മവും ഉപാസനയും അതുകൊണ്ട് ആ വ്യാഖ്യാനവും ഈ വ്യാഖ്യാനം തമ്മിൽ വിരോധമില്ല ഞാനിങ്ങനെ പറയാൻ കാരണം ഇങ്ങനെയുള്ള ഇത്തരം വ്യാഖ്യാനങ്ങളെ എടുത്തു കാണിച്ചിട്ട് ചില പറഞ്ഞിട്ടുണ്ട് ഭാഷ്യകാരന്റെ വ്യാഖ്യാനങ്ങൾ പരസ്പര വൈരുദ്ധ്യമുണ്ട് ഒന്ന് മറ്റൊന്ന് ചേരുന്നതല്ല അത് ശരിയല്ല എന്തുകൊണ്ട് വൈരുദ്ധ്യം എന്ന് പറയുന്നത് തത്വത്തിന്റെ ഉപായം എന്നല്ലോ എന്നോ തത്വജ്ഞാനം എന്നുള്ള നിലയ്ക്കോ എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ശരി ഇതെല്ലാം താത്വികമായി ഭാഷകാരൻ അംഗീകരിക്കുന്നതാണ് ഈ രണ്ട് വ്യാഖ്യാനം എന്താണോ തത്വജ്ഞാനവും കർമ്മവും ഒരുമിച്ച് സാധ്യമല്ല കർമ്മവും ഉപാസനയും ഒരുമിച്ചാകാം ഉദ്യോഗ വിദ്യ ഉത്പത്തിക്കുള്ള സാധനങ്ങൾ ഗുരു ഉപാസനാദികൾ അത് അനുഷ്ഠിക്കേണ്ടതാണ് അത് തത്വശ്രവണവും മറ്റും അതിനോടൊപ്പമാകാം അത്രയേ ഉള്ളൂ തത്വം നമ്മളെ ബോധിപ്പിക്കുന്നത് എന്താണ് ഇനി ആ ആത്മാവാണ് നീ ആ നിന്നും വേറെയല്ല ഇതിന് വിരുദ്ധമായി വരാത്ത ഏത് സാധനങ്ങളും അനുഷ്ഠിക്കുന്നതിന് ദോഷമില്ല അതുകൊണ്ട് കർമ്മയോഗവുമാകാം അച്ഛനാണ് കർമ്മയോഗം വിധിച്ചിട്ടുള്ളതെന്ന് ഇവിടെ ഭാഷകാരൻ പറഞ്ഞു ഇവിടെയും പറഞ്ഞു ഈ സാധനങ്ങളെല്ലാം അവിദ്യാത്മകമാണ് പക്ഷേ എന്ത് ചെയ്യുന്നു തത്വബോധത്തോടുകൂടി ചെയ്യുക ഭാഷകാരൻ എപ്പോഴും വ്യാഖ്യാനിക്കുമ്പോൾ തൻ്റെ ഉള്ളിലൊരു തത്വബോധമുണ്ട് ആ തത്വബോധത്തിലേക്ക് ശ്രോതാക്കളെ നയിക്കത്തക്ക രീതിയിൽ ഏത് ശബ്ദത്തിനും ഏതർത്ഥവും പറഞ്ഞു വയ്ക്കാൻ അതുകൊണ്ട് മുമ്പ് പറഞ്ഞ അർത്ഥം തന്നെ പിന്നീട് പറയണം എന്നുള്ള അതല്ല ശബ്ദാർത്ഥങ്ങൾക്ക് പ്രാധാന്യമില്ല മനസ്സ് തത്വത്തിനാണ് പ്രാധാന്യം തത്വജ്ഞാനത്തിനാണ് പ്രാധാന്യം ഏതർത്ഥം തത്വജ്ഞാനത്തിലേക്ക് അടുപ്പിക്കുമോ ആ രീതി അത് ഇതെല്ലാം വായിക്കുമ്പോഴും അല്ലെങ്കിൽ കേൾക്കുമ്പോഴും നമ്മളെ മനസ്സിലിരിക്കേണ്ട കാര്യം അതാണ് അതാണ് വിജ്ഞായ ഭക്ഷ്യകാലം പറയും എന്ത് ചെയ്യുന്നതും അറിഞ്ഞിട്ട് ചെയ്യും അപ്പോൾ ആ തത്വബോധത്തിൽ നിന്നുകൊണ്ട് ഇന്നതാണ് പരമാർത്ഥമായ തത്വം എന്നറിഞ്ഞുകൊണ്ട് വേദനയും മനസ്സിലാക്കാം അതിനനുകൂലമായ രീതി മനസ്സിലാക്കാം അതാണ് മനനം എന്നു പറയുന്നത് മുഖ്യമായിട്ടും അതാണ് ആ തത്വബോധത്തിൽ നിന്നുകൊണ്ടാണ് മനനം അപ്പോൾ ആ മനനത്തിൽ വിപരീതമായ ഏത് കാര്യങ്ങൾ വന്നാലും ശരി അതിനെ പരിഹരിച്ച് സമന്വയിപ്പിക്കും സമന്വയിപ്പിച്ചിട്ട് ചിന്ത ആ തത്വത്തിലെത്തിക്കുന്നു ആത്യന്തികമായിട്ട് ഇതാണ് പരമാർത്ഥം എന്നുള്ള ദൃഢത ബുദ്ധിക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് മനനം ഇതെല്ലാം മനനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടിവിടെ കൂടുതലത് വ്യക്തമാവുകയായിരിക്കുന്നത് അല്ലാതെ വിരോധം വരുന്നു എന്താണ് ആ ഒരു ഒരു ജിജ്ഞാസ് ഒരു മുമ്മു അവനിലും തത്വത്തെ കുറിച്ച് ബോധമുണ്ട് പക്ഷെ അവൻ്റെ സംശയാദികൾ അവന് പല മാലിന്യങ്ങളും അവൻ്റെ മനസ്സിലുണ്ട് അതിനെ ദൂരീകരിക്കുന്നതിന് അതിന് തപസ് തുടങ്ങിയ സാധനങ്ങൾ ആവശ്യമാണ് അതോടൊപ്പം ഇതിനെ കൊണ്ടുപോകുക ശ്രവണാദികളെ കൊണ്ടുപോവുക അതൊന്നും തടസ്സമല്ല അതിൽ ആർക്ക് ഏത് വേണോന്നുള്ളത് അത് ഗുരു നിർദ്ദേശിക്കുന്നതോ അല്ലെങ്കിൽ സ്വന്തം വിവേകത്തെ ആശ്രയിച്ചൊക്കെ തീരുമാനിക്കാം അപ്പോൾ ഞാൻ എനിക്ക് യോഗം വേണോ അതേ ത്യാഗം വേണോ ഭക്തി വേണോ അതെല്ലാം അവിടെയാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഇതൊന്നും ഇവിടെ പറയുന്ന ഇതനുസരിച്ച് ഭാഷകാരൻ ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഇതൊന്ന് തത്വജ്ഞാനത്തിനോ അദ്വൈത വിചാരത്തിനോ ഇതൊന്നും എതിരല്ല അതിനൊന്നും ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ അല്ല ഭക്തിയും കർമ്മവും അതുകൊണ്ട് പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് തെറ്റായ ധാരണകളുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഇതിനെക്കുറിച്ച് വിരുദ്ധമായ ചിന്തകളും നമ്മളെ മനസ്സിൽ വരുന്ന എന്താണോ അയാളൊരു തത്വജ്ഞാനിയില്ലേ അയാൾക്ക് എന്താ ഭക്തി ഉണ്ടാവുന്നു നമ്മൾ കാരണം തത്വജ്ഞാനം എന്തെന്നും നമുക്കറിയില്ല ഭക്തി എന്തെന്നും അറിയുന്നു അയാള് ജ്ഞാനിയില്ലേ അയാൾക്കെങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും അവിടെ നമുക്കറിയത്തില്ല എന്താണ് ജ്ഞാനം എന്താണ് കർമ്മയോഗം എന്നറിയത്തില്ല അതുപോലെ ഓരോ കാര്യങ്ങളും അയാൾ അയാള് ജ്ഞാനിയില്ല അയാൾക്ക് ധ്യാനിക്കാൻ കഴിയുമോ അപ്പോൾ ഇതെല്ലാം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ അജ്ഞത കൊണ്ടാണ് അപ്പോൾ ഈ തത്വവിചാരം അതിനോടുകൂടി ഇതെല്ലാം ആകാം ഇതേതും അതിനോടൊപ്പം നിൽക്കുന്ന കാര്യങ്ങളാണ് അതിനെല്ലാം ചേർത്ത് ഭക്ഷ്യകാരം പറഞ്ഞുകൊണ്ടാണ് തപ ആദി വിദ്യ വിദ്യ ഉത്പത്തി സാധനം ഗുരു ഉപാസനാദി ഗുരുവാസന എന്ന് പറയുമ്പോൾ അതിന് ഗുരുഭക്തി വരും ഇതൊന്നും ഇതിനെതിട്ടില്ല അപ്പോൾ അദ്വൈതം മനസ്സിലാക്കി കഴിഞ്ഞാൽ പലരുടെയും മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് അവൻ്റെ ഭക്തി പോകും പിന്നെ ആശ്രമത്തിൽ പണിയെടുക്കാൻ ആളെ ഘട്ടത്തില്ല ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണകളുണ്ട് ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ശരിയായ വിവേകമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഗുരുക്കന്മാരൻ നിർദ്ദേശിക്കുന്നവർക്ക് അദ്വൈത ബോധം ഉണ്ടാകണം അദ്വൈതം എന്താണെന്നും മനസ്സിലാക്കണം എന്നത് ബോധിപ്പിക്കുന്ന ഇതാണ് കാരണം എന്തുകൊണ്ട് അദ്വൈതത്തിന്റെ വ്യക്തമായ തത്വബോധം എന്തായാലും ഒരാൾ ഈ പറഞ്ഞതുപോലെ പരമഹിംസ പരിപാചകനല്ല അല്ല ഒരു ലക്ഷണവും കാണുന്നില്ല പിന്നെ എന്താണ് ഒരു സാധകനാണ് പരമാവധി ഒരാളൊരു സാധകനാണ് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഭക്തനോ യോഗിയോ കർമ്മിയോ എന്തോ ആയിക്കൊള്ളട്ടെ അദ്വൈത ബോധം അതിനൊന്നും ദോഷം ചെയ്യുന്ന കാര്യമില്ല മനസ്സ് അതിനെയെല്ലാം വളരെ വ്യക്തമാക്കി കൂടുതൽ നന്നായി മുന്നോട്ട് നയിക്കുന്നതാണ് അപ്പോൾ ഗുരുക്കന്മാരുടെ താല്പര്യതാണ് അഹൈതുക എന്ന് പറയുന്നു അപ്പോൾ അവരുടെ എന്തെങ്കിലും സ്വന്തം താല്പര്യത്തിനോ സ്വാർത്ഥത്തിനോ വേണ്ടി ഒരു ശിഷ്യനെ നയിക്കുകയല്ല ഒരു ശിഷ്യന് അത്യന്തം ക്ലേശകരമായ ഒരു ശിഷ്യന് സ്വയം അനിഷ്ടമായ മാർഗത്തിലൂടെയും നയിക്കുന്നവരും അത് ഗുരുവിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് താല്പര്യത്തിന് വേണ്ടിയിട്ടൊന്നും വരും അങ്ങനെ ഒരാൾ ഒരാൾ ഗുരുവല്ല അപ്പൊ ഗുരു ഏറ്റവും ക്ലേശകരമായ മാർഗത്തിലൂടെ നയിക്കുമ്പോൾ ഇതൊന്നും എനിക്കാവശ്യമുള്ള ഞാൻ ഗുരു കരുതുന്നതിനേക്കാളും യോഗ്യനാണ് എന്നൊരു ശിക്ഷം ചിന്തിക്കുന്നതിലർത്ഥമില്ല അവിടെ അതുകൊണ്ട് ഭാഷക്കാരനടുത്ത് പ്രത്യേകിച്ച് വരുന്നത് ഗുരു ഉപാസന ആ ഗുരു ഉപാസന വിട്ടിട്ട് ആധ്യാത്മികതയില്ല ഗുരുവിൻ്റെ അനുസരണയില്ലാതെ ആധ്യാത്മിക ജീവിതം അത് ഒരിക്കലുമില്ല അത് സംഭവിക്കത്തില്ല ആധ്യാത്മികമായി അത് വളരെ അദ്ഭുതകരമായി അതിശയകരമായി എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ ഗുരു ഒരു ശിഷ്യനോട് നിർദ്ദേശിക്കുന്നു ഇതിൻ്റെ ആധ്യാത്മിക ജീവിതം ഇങ്ങനെയായിരിക്കണം പോകേണ്ടത് നിർദ്ദേശിക്കുന്നു ശിഷ്യന് ഗുരുവിനോട് ഭക്തിയുണ്ട് ആദരവുണ്ട് അതൊക്കെ മനസ്സിൽ പക്ഷേ ശിഷ്യൻ എന്തു ചെയ്യുന്നു തൻ്റെതായ സങ്കല്പങ്ങൾക്ക് തൻ്റെതായ ഭാവനകൾക്കനുസരിച്ച് തൽക്കാലം ഗുരുവിൻ്റെ നിർദ്ദേശത്തെ മാറ്റിവെച്ചിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ പലയിടത്തും കാണാറുണ്ട് ഇവിടെ കണ്ടെന്നുണ്ടാ പറയുന്നത് പല സ്ഥലത്തും ഇങ്ങനെ കാണാറുണ്ട് ഗുരു എന്തേലും തന്റേതായ ഒരു വിധി സ്വീകരിക്കും തന്റെ വിവേകം ഉപയോഗിക്കും ഗുരുവിന്റെ നിർദ്ദേശത്തെ അല്ല പാലിക്കുന്നത് ഗുരു എത്ര ശിഷ്യന്റെ ക്ഷേമത്തെ മനസ്സിൽ കരുതി എത്ര വ്യക്തമായി താല്പര്യത്തോട് ബോധിപ്പിച്ചാലും ശരി ഗുരുഭക്തനായ ശിഷ്യൻ തൻ്റെ വഴിക്ക് സഞ്ചരിക്കും തനിക്കിഷ്ടമുള്ള ദേശീയ ഇതാണ് ഏറ്റവും അപകടം പിടിച്ച കാര്യം അവിടെ ആ അത് അയാളെ ഗുരുഭക്തിയുണ്ട് പക്ഷെ ആ ഗുരുഭക്തി അത് ഗുരു ഉപാസനയുണ്ട് അതാ ശിഷ്യന് അത് സഹായിക്കത്തില്ല അവിടെ ശിഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധാരണ ഉണ്ട് എന്താണ് ഗുരു എന്നെ നയിക്കുന്നത് ഗുരുവിനും എന്തോ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് എന്ന് ശിഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ശിഷ്യൻ തൻ്റെതായ വഴി അവലംബിക്കുന്നത് അത് ശിഷ്യന്റെ അവിവേകമാണ് ഗുരുവിനും അവിവേകമുണ്ടെന്ന് ശിഷ്യൻ ധരിക്കുന്നു അതിനുവേണ്ടിയൊരു പാതകം ആധ്യാത്മിക ജീവിതത്തിൽ സംഭവിക്കാനേ ഇല്ല അതുകൊണ്ട് ഗുരു എല്ലാവരും ഗുരുവിനെ ഉപാസിക്കുന്നവരാണ് പക്ഷെ ഗുരു ഉപാസനയ്ക്കും വിവേകമാണ് വിവേകമില്ലാത്ത ഗുരു ഉപാസന കൊണ്ട് പ്രയോജനമാണ് അതുകൊണ്ടാണ് അതിനെ ആവർത്തിച്ചത് കാരണം നമ്മുടെ വർത്തമാന ജീവിതത്തിൽ ഉപയോഗമില്ലാത്ത തത്വശാസ്ത്രം കൊണ്ട് യാതൊരു പ്രയോജനമില്ല അത് കേവലം ബുദ്ധിക്ക് ഭാരം അല്ലെങ്കിൽ ബുദ്ധിയുടെ സർക്കസ് എന്നുള്ളതേ നമ്മുടെ വർത്തമാന ജീവിത അതല്ലേ ഗുരു ആവശ്യപ്പെടുന്നു നിങ്ങളെല്ലാം എപ്പോഴും തത്വബോധമുള്ളവരായിരിക്കണം വിവേകമുള്ളവരായിരിക്കണം വിവേകശൂന്യരായി പ്രവർത്തിക്കരുത് ആ വിവേകമുള്ളവരാണെങ്കിൽ ആ വിവേകത്തിലെ ശരിയായ ഗുരുഭക്തി ഉണ്ടാവും അല്ലാതെയുള്ള ഗുരുഭക്തി എന്ന് പറയുന്നത് മൂഢഭക്തിയാണ് അപ്പം മൂഢഭക്തന്മാരായിരിക്കരുത് വിവേകമുള്ള ഭക്തന്മാരായിരിക്കണം അതാണ് ഗുരു ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ശിഷ്യന്മാരും ഊർദ്ധ ബാഹുർ വിരവും മീഷ നോതി മേ വ്യാസൻ പറയുന്ന പോലെ ഞാൻ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് പറയാണ് ഗുരുത്തനും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഗുരുക്കന്മാരൊക്കെ അങ്ങനെയുണ്ട് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ നിങ്ങളെല്ലാം മൂഢഭക്തന്മാരാണ് നിങ്ങൾക്ക് വിവേകമുണ്ടാവുന്നത് ആ വിവേകത്തോടു കൂടി വേണം നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ ഭക്തി എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടെന്താ കാര്യം പോത്തിട്ടു മുമ്പിൽ വേദം പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ട് അതിന് ഇവിടെ ഏറ്റവും സ്വയം ഉത്തമ ഭക്തന്മാരെന്ന് കരുതുന്നവർ പോലും അതിന് തയ്യാറാകത്തില്ല ഗുരു അതെല്ലാം പറയും ഞാൻ എന്റെ വഴിക്ക് പോവും ഗുരു പറയുന്ന പോലും തനിക്കാവശ്യമില്ല എന്നാ എത്ര സംബന്ധമാണോ എത്ര അബദ്ധമാണോ അവൻ്റെ ജീവിതത്തിൽ ആധ്യാത്മിക ജീവിതത്തിൽ അവൻ എന്താ മേന്മ ഉണ്ടാകുന്നത് ഒരിക്കലും ഉണ്ടാകത്തില്ല ഗുരുവചനത്തെ ലംഘിക്കുന്നവൻ ഒരു മേന്മയുണ്ടാകത്തില്ല അതുകൊണ്ടിവിടെ ആ ഒരു കാര്യത്തിൽ ആധ്യാത്മിക സാധനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതെത്ര പറഞ്ഞാലും മതി വരാത്തൊരു വിഷയമാണ് നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും പക്ഷെ എനിക്ക് ബോറടിക്കത്തില്ല അതാണ് ഈ വിഷയം ഗുരു ഉപാസന അതുകൊണ്ട് അത് മുഖ്യമാണ് അത് ഭാഷകാരൻ അങ്ങനെ ഒരു ആശയം അതുകൂടി കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ അതിനെടുത്ത് പറയും പിന്നെ അത് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്തിന് തത്വ ബോധം കൂടി ആവശ്യമുണ്ട് അത് നിങ്ങൾക്ക് വിവേകം ഉണ്ടാവണം ഉണ്ടാവണം അതിനുള്ള മാർഗങ്ങൾ കൂടി നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഗുരു എന്തുകൊണ്ട് പറയുന്നു ഇനി ഓരോരുത്തർ എന്തുകൊണ്ട് ഗുരു പറയുന്നതനുസരിക്കുന്നു അല്ലെങ്കിൽ അവൻ ഗുരുഭക്തനായിരുന്നിട്ട് ശരി ഗുരു നിർദ്ദേശിക്കുന്നതനുസരിച്ച് അവൻ എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല കാരണം മുഖ്യമായ കാരണം ഗുരുവിന്റെ വചനത്തിന്റെ താല്പര്യമെന്ന് മനസ്സിലാകുന്നത് ഗുരു പറയുന്നത് കേൾക്കുന്നുണ്ട് വചനത്തിന് പല താല്പര്യങ്ങളുണ്ട് കാരണം വേദത്തിന് തന്നെ പല താല്പര്യങ്ങളുണ്ട് വിദ്യ അവിദ്യ ഭാഷകാരൻ്റെ ഒരു സന്ദർഭത്തിൽ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചു ഇവിടെ വന്നപ്പോൾ അവനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു അപ്പോൾ എന്താണ് ഈ വചനത്തിൻ്റെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഒരു മൂടബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉടനില് മൂഢഭക്തിയുണ്ട് പക്ഷേ അവന് ഗുരുവിൻ്റെ വചനത്തിൻ്റെ താല്പര്യം അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ മനസ്സിൽ കുറച്ച് വിവേകവും കൂടെ വേണം ആ വിവേകം കൂടി വന്നു കഴിഞ്ഞാൽ ശരിയായ ഭക്തി ഉണ്ടാകട്ടു ആ വിവേകത്തോടു കൂടി വരുമ്പോൾ എന്തുവരുന്ന ഗുരുവിന്റെ വാക്കിന്റെ താല്പര്യം മനസ്സിലാവും ഇന്നതാണ് പറഞ്ഞത് ആ മനസ്സിലായാൽ അവൻ്റെ ഉള്ളിൽ എന്തായാലും ഭക്തിയുണ്ട് മനസ്സിലായ അവനുസരിക്കും അനുസരിച്ചില്ലെങ്കിലോ ഇത ഇതുപോലെയൊക്കെ ആയിരിക്കും അങ്ങനെ സംഭവിക്കും അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ വാസ്തവത്തിൽ എവരും ഒക്കെ ഗുരുഭക്തന്മാരാണ് യാതൊരു സംശയവും ഇല്ല ഗുരുഭക്തി ഉള്ളത് ഇവിടെയൊക്കെ ഇപ്പോഴും കറങ്ങി കിടക്കുന്നത് പക്ഷെ എന്തില്ല വിവേകമില്ല വിവേകം നഷ്ടപ്പെട്ടു പോയി അപ്പോ പറയുന്നു ഗുരു പറയുന്നു വിവേകം കൂടി ആർജിക്കുക സ്വപ്രയത്നം വേണമല്ലോ അത് ഗുരുവിന്റെ അനുഗ്രഹവും എല്ലാം അവൻ അതിന്റെ താല്പര്യം മനസ്സിലാകുന്നില്ല ഇത് അപേക്ഷികമാണ് അവൻ അതിനെ സ്വീകരിക്കുന്നതിനനുസരിച്ച് അവൻ ഗുരുവിന്റെ വാചനങ്ങളുടെ താല്പര്യം വരും ഇതിനൊക്കെ വളരെ പ്രത്യക്ഷമായ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല അതാണ് കഷ്ടം അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നെന്താണോ ഈ ഗുരുപാസനോ ആ ഗുരു ഉപാസനാദി സാധനം അതോടൊപ്പം ഇതൊക്കെ അനുഷ്ഠിക്കുക അത് ഇതെല്ലാം അവിദ്യാത്മകമാണോ അവിദ്യാത്മകമാണെങ്കിലും ചിലർക്കങ്ങനെ ഒരു കാര്യമുണ്ട് എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്നതേ ചെയ്യത്തുള്ളു വാശിയാണ് വൈരാഗ്യമൂ അത്തരം വൈരാഗ്യങ്ങൾ ഗുരു സന്നിധി പാടില്ല അത് പാടില്ല ഞാൻ ചെയ്യുന്നതേ ഞാൻ ചെയ്യത്തുള്ളു അതിനപ്പുറം എനിക്ക് കഴിയത്തില്ല എനിക്ക് സൗകര്യമില്ല മനസ്സില്ല അത് മാത്രമല്ല എൻ്റെ മൂഢബുദ്ധിയുണ്ട് എന്ന് വിചാരിക്കുന്നതിൽ എന്താണ് ഗുരു എന്നോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഗുരുവിൻ്റെ താല്പര്യം ഇതാണോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ മൂഢത കൂടി മനസ്സിലുണ്ട് അത് മാറ്റണമെങ്കിൽ എന്തു വേണം അവൻ്റെ ഉള്ളിലും വിവേകം വരണം പക്ഷെ അതിന് ഗുരുവിന്റെ അനുഗ്രഹമുണ്ട് അവന്റെ പൗരുഷം അതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല അവന്റെ ഇച്ഛാശക്തി അവൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല അത് ഗുരുവിന് പ്രേരിപ്പിക്കാമെന്നുള്ള എന്തു ചെയ്യാൻ പറ്റും ഗുരുവിനത് ആവശ്യപ്പെടാമെന്നുള്ളത് എന്നുള്ള അല്ലെങ്കിൽ പിന്നെ വ്യാസൻ കരഞ്ഞതുപോലെ കരയേണ്ടി വരും അതാ രണ്ടു കൈയും ഉയർത്തി ഞാൻ പറയുന്നു അപ്പം ആദ്യം ഗുരുവിൽ നിന്ന് തുടങ്ങിയതാണ് ഈ കരച്ചിൽ എന്താണ് ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല ആരും അനുസരിക്കുന്നില്ല ആരും ശരിയായ വഴിക്ക് പോകുന്നില്ല എന്ന് അത് വ്യാസനിൽ തുടങ്ങിയാണ് ഇന്നുള്ള ഗുരുക്കന്മാരും അത് തന്നെ അനുവർത്തിക്കുന്നു അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ വന്ന് ഗുരുവിനെ പ്രാപിച്ച് അവസാനം ആത്യന്തികമായി ശിഷ്യൻ സാധിച്ചെടുക്കുന്നതാണ് ഗുരുവിനെ കരയിപ്പിക്കുക അതാണ് സാധിക്കുന്നത് അപ്പം അത് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഗുരു ഉപാസനാദി അത് അവിദ്യയാണ് തേന വിദ്യ ഉത്പാദ്യം കാമം അതിതരതി അങ്ങനെ പറയുന്നു ഈ സാധനങ്ങളിലൂടെയെല്ലാം തത്വജ്ഞാനത്തെ അവൻ പ്രാപിച്ചിട്ട് മൃത്യുവിനെ അവൻ അതിതരണം ചെയ്യുന്നു തത്വ അതുകൊണ്ട് എന്താണോ ഒരു സ്ഥലത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചു അവിടെ ഇന്നതാണ് അർത്ഥം ഇവിടെ വേറെ ഒന്നാണോ എന്നല്ല ആ തത്വത്തെ തത്വബോധം ഉണ്ടാക്കുന്ന തരത്തിൽ ഇതിനെ എങ്ങനെയും ഏതു തരത്തിലും വ്യാഖ്യാനിക്കാം അവന്റെ താല്പര്യം അവനെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം എന്നേ ഉള്ളൂ നമ്മൾ തന്നെ ഇനി ഇതേ ഗ്രന്ഥങ്ങളി ഒരു രണ്ടാമതൊരു തവണ ചർച്ച ചെയ്താൽ അവിടെ ഇതെന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് തന്നെ ആയിരിക്കണം എന്തുകൊണ്ട് കാരണം ആ തത്വബോധം നമ്മളിൽ വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചർച്ചയുടെ സ്വഭാവത്തിനും മാറ്റം വരും അതങ്ങനെ വന്നേ മതിയാവും തത് നിഷ്കാമ തെക്കേഷണോ ബ്രഹ്മവിദ്യയാ അമൃതത്വം അശ്വിനെ അതുകൊണ്ട് നിഷ്കാമൻ തെക്തേഷണൻ ഏഷണങ്ങളെല്ലാം ത്യജിച്ചവൻ ബ്രഹ്മവിദ്യയാ ബ്രഹ്മവിദ്യകൊണ്ട് അമൃതത്വം അശ്വിനുതയെ നമ്മള തത്വത്തെ പ്രാപിക്കുന്നു ർദ്ധം ദർശന ഈ വിഷയത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ആ വിദ്യാമൃതം തീർത്തുവൃതം അശ്വനത്തെ സന്യാസത്തെ കുറിച്ച് പറയുകയാണ് ഇവിടെ തേടുന്നിട്ടില്ല സംഗതി വീണ്ടും തുടരുകയാണ് എത്തു പുരുഷായുഹു സർവം കർമ്മണൈവ വ്യാപ്തം കുറവല്ലേ വയഹ കർമാണി ജിജീവിഷമാ നേരത്തെ പറഞ്ഞല്ലോ ഈ ചോദ്യം വന്നല്ലോ അതിന് സമാധാനം പറയുന്നു ഇത് അവിദ്യുത് വിഷയത്തി എന്ന പരിഹൃതം അതെല്ലാം ഇന്നിപ്പോൾ പറഞ്ഞല്ലോ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല അതെല്ലാം എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് വിവേകപൂർവമാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ സമാധാനതാണ് ആ ഐസ് മുഴുവൻ കർമ്മം ചെയ്യുക അത് അജ്ഞനാണ് പരിഹൃതം അജ്ഞനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇതരഥസംഭവ വിദ്വാനെ സംബന്ധിച്ച് അതൊന്നും ബാധകമില്ല അതിനുപംഹരിക്കണേതു ഭക്ഷ്യമാണി പുറത്തുവാർമ്മ അവിരുദ്ധമാത്മജ്ഞാനം ഇത് പറയുന്നു ഈ ഐതരയോ മനുഷ്യത്തിന്റെ ഈ ഭാഗത്തിന് മുമ്പും തത്വജ്ഞാനവും കർമ്മവും ഉപാസനയൊക്കെ പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ അത് പൂർണമായിരുന്നു ആത്മജ്ഞാനം മുമ്പും പരാമർശിച്ചതാണ് ആത്മജ്ഞാനം കൂടാതെ കർമ്മം സാധ്യമാണ് പക്ഷെ അത് അപൂർണമാണ് അത് പറയുന്ന ഭാഷകാലം പറയുന്നതാണ് സവിശേഷ ആത്മജ്ഞാനം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒരുപോലെയാണോ എന്തുകൊണ്ട് മുമ്പും ആത്മജ്ഞാനം പറഞ്ഞു ഇനിയും ആത്മജ്ഞാനം പറയും രണ്ടിടത്തും ആത്മാവാണ് മുഖ്യമായ വിഷയം രണ്ടിടത്തും ആത്മജ്ഞാനമാണ് അങ്ങനെയാണെങ്കിൽ മുമ്പ് കർമ്മം ഉണ്ടായിരുന്നു ഇനിയും കർമ്മമാകാമല്ലോ എന്നാ ഇത് ഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ജീവിതത്തിന്റെ ഭാഗമായിട്ടും മനസ്സിലാക്കേണ്ടതാണ് മുമ്പ് കർമ്മം ചെയ്തുകൊണ്ടിരുന്നു വേദാധ്യയനം ചെയ്തു ഉപാസങ്ങൾ അനുഷ്ഠിച്ചു ആത്മാവിനെ അറിഞ്ഞു ഇനി തത്വജിജ്ഞാസയുണ്ടായി നിർവിശേഷമായ ആത്മജ്ഞാനത്തിലേക്കാണ് കിടക്കുന്നത് മുമ്പുണ്ടായിരുന്നത് സവിശേഷമായ ജ്ഞാനത്തിലല്ല അതുകൊണ്ട് അവിടെ കർമ്മത്തിന് സ്ഥാനമില്ല ഭക്ഷ്യമാണെങ്കിൽ പൂർവോക്ത തുല്യത്വ കർമ്മണ അവിരുദ്ധം ആത്മജ്ഞാനം ഇതി കർമ്മവും ആത്മജ്ഞാനവുമായിട്ട് വിരോധമില്ല എന്ന് പറഞ്ഞു തത് സവിശേഷ നിർവിശേഷാത്മദയാ പ്രത്യുക്ത അതെന്താണ് സവിശേഷ നിർവിശേഷാത്മ പറഞ്ഞത് സവിശേഷാത്മ ആത്മജ്ഞാനം ഇനി പറയാൻ പോകുന്ന നിർവിശേഷം കൊണ്ടിതിനെ പ്രത്യുക്തഹ നിഷേധിച്ചു ഉത്തരത്ര വ്യാഖ്യാനേക്ക് ദർശിക്കാമ എന്നുള്ള കാര്യം ഇക്കാര്യം ഇനി നിർവിശേഷാത്മജ്ഞാനമാണെന്നുള്ളത് ഇനി വരുന്ന വ്യാഖ്യാനത്തിൽ അത് കൂടുതൽ വ്യക്തമാക്കാം അതുകൊണ്ട് അദ്ദേഹം നിഷ്ക്രിയ ബ്രഹ്മർത്ഥം ഉത്തരഗ്രന്ഥർശനം എന്ന് വെച്ചാൽ ഇതാണോ ജ്ഞാനവും ജ്ഞാനം സന്യാസ ലക്ഷണം വിധയിൽ പറഞ്ഞു അതത്വ ജ്ഞാനം തൊരുന്നത് സന്യാസമാകുന്ന ലക്ഷണത്തോടുകൂടിയതാണ് പരിവ്രജനമാകുന്ന ലക്ഷണത്തോടുകൂടിയതാണ് ഇക്കാര്യം ഉത്തരഗ്രന്ഥത്തിനുവേണ്ടി ഉത്തരഗ്രന്ഥം ആരംഭിക്കുന്നു അപ്പൊ ഇതുവരെ ചർച്ച ചെയ്യുന്നു മറ്റൊരു ഉപനിഷ ഭാഷയത്തിനും ഇങ്ങനെ ഒരു പ്രത്യേകത ഈ ഭാഷത്തിന്റെ ആരംഭത്തിൽ ഭാഷകാരൻ തന്റെ സങ്കല്പത്തിലുള്ള സന്യാസം എന്താണ് അല്ലെങ്കിൽ താൻ വിശദീകരിക്കുന്ന അദ്വൈത സിദ്ധാന്തത്തിന് യോജിച്ച സന്യാസം എന്താണെന്നുള്ളതിനെ വളരെ വ്യക്തമാക്കി അത് അത് രണ്ടായിട്ട് തിരിച്ചു ഒന്ന് മമ്മൂട്ടുവിന്റെ സന്യാസം മറ്റൊന്ന് വിദ്വാന്റെ സന്യാസം പക്ഷെ ഈ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വരുന്ന നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പൊരുത്തക്കേട് ഭാഷികാരം പറഞ്ഞിരിക്കുന്ന ഇത് ഈ സന്യാസവും ഈ കാര്യങ്ങളും മുഴുവൻ ഒരു വൈദികമായ കാലത്തിൽ വൈദികമായ ആചാരത്തിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ സന്യാസമൊക്കെ ഇന്നും തുടരുന്നുണ്ട് കാലം മാറി വൈദികധർമ്മം നഷ്ടപ്പെട്ട് വൈദികമായ ആചാരങ്ങളില്ല അങ്ങനെയുള്ള ജീവിത സമൂഹം മൊത്തവും മാറി പക്ഷേ അതിനെ തുടർന്ന് വരുന്ന സന്യാസം തത്വചിന്ത ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ഇതിനെങ്കിൽ പൊരുത്തപ്പെടുന്നു അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞത് അങ്ങനെയാ പൊരുത്തപ്പെടുന്നത് അത് കലാകാലങ്ങളിൽ ആചാര്യന്മാരും മാറ്റി കാലം മാറുന്നതിനനുസരിച്ച് ഇതെല്ലാം മാറ്റി അങ്ങനെ ആചാര്യന്മാർ മാറ്റി മാറ്റി മാറ്റി വന്ന സന്യാസമാണ് ഇന്ന് നമ്മുടെ ഇന്ന് കാണുന്ന സന്യാസം അത് ഇന്നത്തെ സന്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഭാഷകാരൻ പറഞ്ഞ സന്യാസമല്ല അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഭാഷകാരൻ പറഞ്ഞ സന്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ സന്യാസം അതല്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ സന്യാസം എന്താണ് ഇന്ന് ആചാര്യന്മാരെ നിർദ്ദേശിക്കുന്ന സന്യാസം പിൽക്കാലത്ത് വന്ന ആചാര്യന്മാര് ഈ സന്യാസ സമ്പ്രദായത്തെ വളരെ വിപുലപ്പെടുത്തി ഭാരതായിരക്കണക്കിന് സന്യാസിമാരുണ്ട് പല സന്യാസ സമ്പ്രദായങ്ങളുണ്ട് അദ്വൈത പരമ്പരയിലും സന്യാസിമാരുണ്ട് അപ്പോൾ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് പറയാൻ താണോ വിവിധ സന്യാസം അതാണ് ഇന്നത്തെ സന്യാസം ആ വിവിധഷ സന്യാസത്തിൽ തന്നെ സ്മൃതികളിലും മറ്റും നിർദ്ദേശിച്ചിരിക്കുന്ന സന്യാസത്തിന്റെ കർശനമായ നിയമങ്ങളെ അത് പാലിക്കാൻ കഴിയാത്ത സന്യാസം അത് പാലിക്കാൻ കഴിയത്തില്ല അത് പാലിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സന്യാസം ആശ്രമം ആശ്രമവുമായി ബന്ധപ്പെട്ട് സന്യാസം അതുകൊണ്ട് ഈ സന്യാസം അവിടെ അവിടെയപ്പോൾ സന്യാസം എന്താണ് ഒരു ഗുരു ശിഷ്യന് സന്യാസം കൊടുക്കുന്നു കാരണം വൈദികമായ പശ്ചാത്തലം വൈദികമായ സംസ്കാരവും അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഇന്നത്തെ ചുറ്റുപാടുകളും സംസ്കാരവും ഒന്നും ഒരിക്കലും സന്യാസത്തിന് അനുകൂലമല്ല സമൂഹവും അങ്ങനെ ഒരു സന്യാസ ജീവിതത്തിന് അനുകൂലമല്ല ബ്രഹ്മചര്യം പോലെയുള്ള വ്രതങ്ങൾ സ്വീകരിച്ചുള്ള ഒരു സന്യാസം അതിന് ചുറ്റുപാട് അനുകൂലമല്ല അന്നത്തെ കൂടുതൽ അനുകൂലമായിരുന്നു കാരണം ബാല്യം മുതലേ തന്നെ അതിനുള്ള പരിശീലനം കിട്ടിയിരുന്നു അത്തരം വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നില്ല ഇന്ന് അതിനുള്ള പരിശീലനമല്ല ബാല്യം പോലെ ഒരാൾക്ക് കിട്ടുന്നതിന് വിപരീതമായ പരിശീലനങ്ങൾ കിട്ടിയിട്ടാണ് പിന്നെ ഒരാൾ സന്യാസത്തിലേക്കും മറ്റും വരുന്നത് അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രഹ്മചര്യം പോലുള്ള വ്രതങ്ങൾ ശീലിച്ചുകൊണ്ടുള്ള സന്യാസത്തിനെന്താ പ്രസക്തിയുള്ളത് അപ്പോൾ ഇന്നും അതെന്തുകൊണ്ട് തുടരുന്നു അത് താത്വികമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു ആധ്യാത്മിക ജീവിതത്തിലുള്ള ഒരു പരീക്ഷണം അത് മാത്രേ ഉള്ളൂ അതി കഴിഞ്ഞ് അത് ശിഷ്യന്റെ ഭാഗത്ത് നിന്നായാലും ശരി ഗുരുവിന്റെ ഭാഗത്ത് നിന്നായാലും ശരി ഗുരു ഒരാൾക്ക് സന്യാസം കൊടുക്കുന്നെന്ന് വെച്ചാൽ ഓരോരുത്തനെ മഹാനായി അംഗീകരിക്കുന്നു എന്നൊന്നും അർത്ഥമില്ല ഒരിടത്തും സന്യാസിയായി ഇവൻ പരമയോഗ്യനായി യോഗ്യനായതുകൊണ്ട് സന്യാസം കൊടുക്കുന്നു എന്നതിനർത്ഥമില്ല ഓരോത്തനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാണ് ഇവ ശരിയാകുമോ ഇവനിങ്ങനെ ഒരു മാർഗത്തെ സഞ്ചരിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിച്ചു നോക്കും ശിഷ്യനും അതൊരു പരീക്ഷണമായിട്ടേ സ്വീകരിക്കാൻ പറ്റും സന്യാസ അപ്പോൾ സന്യാസം എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് സന്യാസം തന്നെയാണ് സന്യാസത്തിൽ മുഖ്യമായി വരുന്നത് ബ്രഹ്മചര്യം കൊടുത്തോളും അപ്പോൾ ബ്രഹ്മചാരിയായി ജീവിക്കാമെന്ന് പറഞ്ഞാൽ സന്യാസുണ്ട് പിന്നെ അതിനെ അവിടെ നിന്നവന് രണ്ടു വഴിയുണ്ട് ഗ്രസ്സ്ഥാശ്രമത്തിലേക്ക് പോകാം അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് പോകാം അത് അതിനെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി പിന്നീട് എന്താണ് അവന് ഒന്നുകൂടി അത് ഉറപ്പിക്കും ഇത് ഇതിൻ്റെ തുടക്കം മുതൽ രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണം മാത്രമാണ് അധികവിഞ്ഞതിൽ വേറെ മഹത്വമൊന്നുമില്ല എന്ന് ചോദിച്ചപ്പോൾ ഗുരു സന്യാസം തന്നു അതുകൊണ്ട് ഞാൻ ദിവ്യനായി ശ്രേഷ്ഠനായി എന്ന് പറയുന്നതിന് അർത്ഥമില്ല കാരണം ആ പരീക്ഷണത്തിൽ പരാജയപ്പെടാം ഏതുസമയവും ആ പരീക്ഷണത്തിൽ ഒരുവൻ പരാജയപ്പെടാം എന്നുവെച്ചാൽ അവൻ ആ മാർഗത്തിൽ നിന്ന് അവന് ഭ്രഷ്ട സംഭവിക്കുക എന്തുകൊണ്ടാ ഭ്രഷ്ട സംഭവിക്കുന്നു കാരണം ഇത് അതല്ലേ സന്യാസം നൽകുന്നു സ്വീകരിക്കുന്നു കൊടുക്കുക വാങ്ങുക എന്നുള്ളതല്ലോ സന്യാസി എന്നാലും ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ് ആ സന്യാസമാർഗത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള പ്രേരണയാണ് അതാണ് കൊടുക്കുക പറയുന്നത് അതിന് അവൻ അംഗീകരിക്കുന്നു ശരി അതിന് പ്രചോദനമായി പ്രേരണന്ന് ഒരു പ്രചോദനം അതായിട്ടാണ് സന്യാസത്തെ സ്വീകരിക്കുന്നത് ഗുരുവിൻ്റെ ഒരു അംഗീകാരമായിട്ട് ആ നിനക്കത് പരീക്ഷിക്കാം എന്നാ നീ പരമഹംസനെന്നാണ് പറയുന്നത് നിനക്കതൊന്ന് പരീക്ഷിച്ചു നോക്കാം ഇത് നടക്കുമോ ഇല്ലയോ അത് സർവത്ര ഏതാശ്രമത്തിലായാലും ശരി ഏത് ഗുരുവിനായാലും ശരി സന്യാസിന്ന് സാധിക്കും അപ്പോൾ ശിഷ്യനും എന്ത് ചെയ്യുന്നു അതൊന്ന് പരീക്ഷിക്കാൻ തയ്യാറാകുന്നു അപ്പോൾ അത് പരീക്ഷണമെന്ന് പറയുന്നത് വളരെ കഠിനമാണ് ചിലപ്പോൾ വിജയിച്ചെന്ന് വരാം പരാജയപ്പെട്ടെന്നും വരാം രണ്ടും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കണ്ണുമ്പിൽ തന്നെ കാണുന്നുണ്ട് ചിലർ വിജയിക്കുന്നു പരീക്ഷണങ്ങളെല്ലാം അങ്ങനെയാണ് അതിന് രണ്ടറ്റമാണ് ചിലപ്പോൾ ചിലത് പരീക്ഷിക്കും ചിലപ്പോൾ ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും അപ്പോൾ അതിൻ്റെ മഹത്വം അത്രയേ ഉള്ളൂ അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നത് ഈ സന്യാസിമാർ കരുതിയിരിക്കുന്നതുപോലെ അത്ര ദിവ്യമായ സംഗതിയെന്ന് ഒരു ശ്രേഷ്ഠമായ ഒരു ജീവിതത്തെ സ്വീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ വയ്യ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു മനഃശുദ്ധിക്ക് വേണ്ടി അത് സ്വീകരിക്കുന്നു അപ്പോൾ ആ മാർഗത്തിൽ ഇന്ന വഴിക്ക് സഞ്ചരിക്കണമെന്ന് ഗുരു നിർദ്ദേശിക്കുന്നു ഈ പരീക്ഷണത്തിൽ നീ വിജയിക്കണമെങ്കിൽ ഇന്ന രീതി സഞ്ചരിക്കണം അത് ഗുരു പറയുന്ന രീതിയിൽ തന്നെ സഞ്ചരിക്കുക സഞ്ചരിക്കേണ്ടത് ഗുരുവിൽ തന്നെ ദോഷങ്ങൾ ആരോപിച്ചിട്ട് അത് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ശരിയാകട്ടെ ഗുരു നിർദ്ദേശിക്കുന്ന രീതിയിൽ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരത്തിൽ അയാൾ വിജയിച്ചാൽ സന്യാസത്തിലയാൾ വിജയിച്ചു അത് വിജയിച്ചു എന്ന് ഉറപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമായ കാര്യമല്ല കാരണം അത് ക്ലേശകരമായൊരു മാർഗ്ഗമാണ് ക്ലേശ മാർഗത്തിൽ വിജയിക്കുക അത്ര എളുപ്പമായ കാര്യങ്ങൾ ഒരു സന്യാസിന്ന് പറയുന്നത് അങ്ങനെ ഒരു പരീക്ഷണത്തിന് തിരിഞ്ഞവൻ എന്ന് മാത്രമേ ഉള്ളൂ അത് അതിൽ അപ്പോ എന്താ അവൻ്റെ അനുഷ്ഠാനം അടുത്ത ചോദ്യം അങ്ങനെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഒരു പ്രചോദനം കൊടുത്തിരിക്കുന്ന ഗുരുവാണ് അപ്പോൾ എന്താ അതിലെ അനുഷ്ഠാനം അവിടെ ഗുരു നിർദ്ദേശിക്കുന്ന അനുഷ്ഠാനം എന്ത് ചെയ്യണം എന്ന് ഗുരു പറയുന്നത് അനുഷ്ഠിക്കും അത് ഭക്തിയാണോ യോഗമാണോ കർമ്മയോഗമാണോ തന്ത്രമാണോ മന്ത്രമാണോ ജപമാണോ തപമാണോ അവിടെ അത് ഗുരു ആ ശിഷ്യന്റെ പക്വതയും യോഗ്യതയൊക്കെ മനസ്സിലാക്കി നിർദ്ദേശിക്കുന്നു അവനതനുസരിക്കുന്നു അതനുസരിക്കുന്നതിൽ പറഞ്ഞല്ലോ ഗുരുവിന്റെ താല്പര്യത്തെ ശരിയായി മനസ്സിലാക്കി അനുഷ്ഠിച്ചാൽ അവന് ഈശ്വരാനുഗ്രഹവും അവന്റെ കർമ്മഗതിയും ഒക്കെ അനുകൂലമാണെങ്കിൽ മാത്രം അവൻ വിജയി ഇല്ലെങ്കിൽ അവനവിടെ പരാജയപ്പെട്ട് പോയിന്നിരിക്കും അത് സന്യാസിമാർ മനസ്സിലാക്കി മറിച്ച് ആ ഗുരു എന്നെ സന്യാസിയാക്കി അതുകൊണ്ട് ഞാൻ പരിപ്ര പരമഹംസനാണെന്ന് കരുതി കഴിഞ്ഞാൽ വീഴ്ച സംഭവിക്കും യാതൊരു സംശയവും അവനതിൽ വിജയിക്കാൻ കഴിയാതെ വരും അപ്പോൾ സന്യാസമെന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തിനെ ആരംഭിക്കുകയാണ് അതുപോലെ സന്യാസമാണ് അതെല്ലാം അവന് പുരോഗമിക്കാൻ കഴിഞ്ഞാൽ അടുത്ത് കുറച്ചുകൂടി അതിൽ ദൃഢത കൈവരിയ്ക്കാൻ വേണ്ടി അത് വിശേഷമായ എന്തെങ്കിലും അവകാശങ്ങളോ ഒന്നുമല്ല ഒരാൾ നമ്മൾ ഇന്ന് കാണുന്ന ബ്രഹ്മചര്യത്തിൽ നിന്ന് അയാൾ സന്യാസത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു എന്നു വെച്ചാൽ അയാൾക്ക് ഗുരു ആ നില സന്യാസ ദീക്ഷയ്ക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രേക്ഷാമന്ത്രം ഉച്ചരിച്ച് വിധിപ്രകാരം നിനക്ക് സന്യാസി സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് തയ്യാറാണെന്നാണ് അയാൾ കൂടുതൽ ക്ലിഷ്ടമായ മാർഗത്തിലൂടെ നടക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ അവിടെ കൃതകൃത്യനായെന്നുള്ള അങ്ങനെ അർത്ഥം അവിടെ ഉണ്ടായാൽ സിദ്ധനാണെന്നോ മഹാനായെന്നോ എന്നല്ല അയാളുടെ ഫോട്ടോയും പിന്നെ വെച്ച് പൂജിച്ചോണമെന്നല്ല എൻ്റെ അർത്ഥം എന്റെ അർത്ഥം എന്താണ് അയാൾ അവിടെ ആ കൂടുതൽ ക്ലിഷ്ടമായ മാർഗ്ഗത്തിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ അയാൾക്ക് അതിനൊന്നുമ്പെ തിരിഞ്ഞു പോകാം നമ്മുടെ ബ്രഹ്മചേരി നിന്ന് ഇത്തരം ക്ലിഷ്ടമായ ഒരു മാർഗ്ഗത്തിലേക്ക് കിടക്കാതെ അത് സന്യാസത്തിന്റെ ഗൃഹസ്ഥത്തിന്റെ ഗാർഹസ്യ മാർഗത്തിലേക്ക് തിരിഞ്ഞു വിധിവർ മാന്യമായ രീതിയിൽ ഒളിച്ചോടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് മാന്യമായ രീതിയിൽ അയാൾക്ക് ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് തിരിച്ചു പോവുക ഗുരുവിലത്തിന്ന് ഒളിച്ചോടുന്നവരുണ്ട് അവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു അപ്പോ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഗുരു നിർദ്ദേശിക്കും ഗുരു പറയും ശരി ഈ പരീക്ഷണത്തിൽ ബ്രഹ്മചര്യെന്ന് പറയുന്ന പരീക്ഷണത്തിൽ നീ പരാജയപ്പെട്ട് നിന്റെ വഴി ഇതല്ല നീ വേറെ വരി വഴി തിരഞ്ഞെടുത്തോ അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവനുണ്ട് ഗുരു അവിടെ എന്താണ് കണക്കാക്കുന്നത് ഈ പരീക്ഷണിനി തുടരാൻ പറ്റത്തില്ല ഇവനത് സാധ്യമല്ല കൂടുതലവനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ കൂടുതൽ അവനെ അധപ്പതിപ്പിക്കേണ്ട കാര്യമില്ല പറയുന്നു നീ വഴിമാറി ഓ എന്നാണ് അവിടെ ദുരുവം വരുന്നൊരു ട്രാഫിക് പോലീസുകാരനെ പോലും സ്റ്റോപ്പ് കാണിച്ചിട്ട് തിരിച്ചുവിടുന്നുണ്ട് ആ റൈറ്റ് ലെഫ്റ്റ് ഇങ്ങോട്ട് പോകുമോ അങ്ങോട്ട് പോക്കോ എന്ന് പറയുന്നു അല്ല അവന് കുറച്ചുകൂടി പരീക്ഷണത്തിനുള്ള ആത്മബലവനുണ്ട് മനോബലമുണ്ട് എന്നുകൊണ്ട് കഴിഞ്ഞാൽ അവന് സന്യാസത്തിലേക്ക് നയിക്കുന്നു അതെ പിന്നിലുള്ള തത്വം അവിടെ അവൻ എന്തു ചെയ്യുന്നു കൂടുതൽ അവന് ക്ലിഷ്ടതകളാണ് കൂടുതൽ അവന് ക്ലേശങ്ങളാണ് അവനുഭവിക്കേണ്ടി വരുന്നത് കൂടുതൽ സുഖമല്ല അതുകൊണ്ട് സന്യാസം ആയിക്കഴിഞ്ഞാൽ കൂടുതൽ സുഖമാണെന്ന് കരുതിയാലും സന്യാസത്തിലേക്ക് വരുമ്പോഴില്ല കൂടുതൽ ക്ലിഷ്ടതയാണ് അവൻ അപ്പോൾ അതിൽ വിജയിക്കുക അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ സന്യാസമെന്ന് പറയുന്നത് ആർക്കും ഒരു ലോഭമല്ല അത് അങ്ങനെ കാര്യം സന്യാസത്തിലേക്ക് പോകുന്ന കൂടുതൽ സുഖമുള്ള കാര്യമാണ് അവിടെ കൂടുതൽ മറ്റേ പല ആനുകൂല്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് അതൊരു പ്രലോഭനമായി അങ്ങനെയൊന്നായെങ്കിൽ എന്താണ് ചോപ്പ് പെയിൻറ്റുമൊക്കെ അടിച്ചു നടക്കുന്നത് നല്ലതായിരിക്കും എന്നുവെച്ചാൽ ബഹുമാനാദരവുകളെല്ലാം കൂടുതൽ കിട്ടും ആരുടെ ബഹുമാനാദരവളും മൂഢന്മാരും അപ്പൊ അതല്ല ഗുരുക്കന്മാരുടെ സങ്കല്പം അതല്ല കൂടുതൽ ക്ലേശകരമായ മാർഗത്തിൽ സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ പ്രത്യേകിച്ച് ദ്വ്യത്വങ്ങളൊന്നുമില്ല കൂടുതൽ പരിശ്രമിക്കുക അവിടെ എന്താണ് ഗുരു ഉപാസന തപ്പ വിദ്യ അനുഷ്ഠിക്കുക അതെന്താണ് അത് ഗുരു നിർദ്ദേശിക്കുന്ന രീതിയിൽ അതാണ് ഇന്നത്തെ ഈ കാലത്തിലെ സന്യാസം അതിനനുസരിച്ച് ഓരോ സമ്പ്രദായങ്ങളിലും ഓരോ ആചാര്യന്മാര് ബ്രഹ്മചര്യം സന്യാസും ഗാഹസ്യം ഇതിനെയെല്ലാം ഈ ആശ്രമധർമ്മങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആശ്രമ ജീവിതം വരുന്നത് ബ്രഹ്മചര്യ സന്യാസ ജീവിതം അവിടെ ഒരാൾക്ക് ഗുരു നിർദ്ദേശിക്കുന്ന രീതിയിൽ ഏതും അനുഷ്ഠിക്കണം ബ്രഹ്മഗിരിയായിരുന്നാലും ശരി കർമ്മ സന്യാസി ആയിരുന്നാലും ശരി അവിടെ എന്നാൽ കർമ്മയോഗമോ യോഗമോ മറ്റെന്തെങ്കിലും അനുഷ്ഠാനങ്ങളോ അല്ല ഇനി തത്വശ്രവണം മാത്രമോ അല്ല ഇനി മുറിക്കകത്തടച്ചിരുന്ന് ധ്യാനിക്കുകയോ ഏതായാലും ഗുരുവിൻ്റെ അനുമതിയോടുകൂടി മാത്രം ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഗുരുവിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിയാൽ അയാൾ വിജയിക്കും അയാൾ ബ്രഹ്മചര്യത്തിലോ അല്ലെങ്കിൽ സന്യാസത്തിലോ അയാൾ വിജയിക്കും അതാണ് ഇന്നത്തെ സന്യാസം ഇനി അടുത്ത് ഉപനിഷത്തിലേക്ക് കിടക്കുകയാണ്